എല്ലാവർക്കും നമസ്കാരം ഇതിഹാസം എന്നാണ് ഇതിന് പേര് ഏതിന് മഹാഭാരതത്തിന് എന്താണ് ഇതിഹാസം അസ്മിൻ ഇതിഹ ആസ്തേ ഇതി ഇതിഹാസ ഇതിൽ ഇതിഹകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിന് ഇതിഹാസം എന്നും എന്താണ് ഇതിഹ എന്ന് പറഞ്ഞാൽ പരമ്പരയാൽ ഉപദേശത്തെ പാരമ്പര്യാനുസൃതമായി ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പകർന്ന ശ്രുതി എന്ന് പറയും ശ്രവണ പരമ്പരയാൽ ബോധിപ്പിച്ച ആ മൂല്യങ്ങളെ അനേക മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്നു ഇതിൽ എന്നുള്ളതുകൊണ്ട് ഇതിനെ ഇതിഹാസം എന്ന് പറയും അതാദ്യം മനസ്സിലാക്കൂ എന്താണ് നാം പഠിക്കുന്ന ഇത് ഇതിഹാസമാണ് ഇതിഹ ആസീദ് ഇത് ഇതിഹാസ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു പ്രയോഗമുണ്ട് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതിനാൽ ഇതിഹാസം ഇത് ഇവിടെ എവിടെ ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിഹാസം എന്നുള്ളതിൽ നമ്മുടെ സംശയം തീരണം അപ്പൊ ഇതിഹാസം രണ്ടാമത് എന്താണ് ഏത് ഇതിഹാസത്തെയാണ് നാം പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ഇതിഹാസത്തിലെ ഒരു കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് മഹാഭാരതം എന്ന ഇതിഹാസം ഇനി അടുത്ത ശബ്ദം മനസ്സിലാക്കേണ്ടത് മഹാഭാരതം എന്താണ് മഹത്വാദ് ഭാരവത്വാദ് ച മഹാഭാരതം ഉച്ചയതേ മഹത്വാദ് മാഹാത്മ്യമേറിയതിനാൽ ഭാരവത്വാദ് ഭാരവത്വാദ്ന്ന് പറഞ്ഞാൽ ഭാരം ഉള്ളതിനാൽ ഭാ എന്ന് പറഞ്ഞാൽ ഭാസയതി ഇതി ഭ അറിവ് എന്നാണ് പ്രകാശം എന്നാണ് ഭാ അപ്പം മഹാഭായുള്ളത് പ്രകാ ഏതാണ് ഇതിലെ പ്രകാശം ഉപനിഷത്തിൽ പറയണ തസ്യ ഭാസ സർവമിതം വിഭാതി അതിന്റെ പ്രകാശമാണ് ഈ കാണുന്നതെല്ലാം ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാവിദ്യുതോഭാന്തി കുതോയമഗ്നി തസ്യ ഭാസ സർവമിതം വിഭാതി അവിടെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല അഗ്നി പ്രകാശിക്കുന്നില്ല തസ്യഭാസ അതിന്റെ പ്രകാശം ആ മഹാപ്രകാശത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നതിനെയാണ് മഹാഭാരതം എന്ന് പറയുന്നത് ഏതെങ്കിലും രാജാക്കന്മാരുടെ അടികൂടൽ മാത്രമല്ല ഇപ്പൊ മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഇതും എന്താ നമുക്ക് അങ്ങോട്ട് തീരണം ഇനി മഹാ അതെ മഹാഭാരതം എന്ന് പറഞ്ഞാൽ അത് തന്നെ മഹാത്മ്യം അതിന്റെ മഹാത്മ്യം ഇത് തന്നെയാണ് ഇത്രയും കണ്ടു തുടർന്ന് നമ്മൾ ധ്രതരാഷ്ട്രനിലേക്ക് വന്നു ആരാണ് ധൃതരാഷ്ട്രെന്ന് കണ്ടു അല്ലേ ചരിത്രപരമായിട്ടുള്ള ധൃതരാഷ്ട്രന്റെ വ്യാഖ്യാനം കണ്ടു താത്വികമായിട്ടും കണ്ടു തന്റേതല്ലാത്തതിൽ തന്റേതെന്ന ബുദ്ധിയെ വെച്ച് ഈ രാജ്യത്ത് വ്യാപരിക്കുന്നവൻ ധൃതരാഷ്ട്രൻ ധൃ എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് ധൃ ധാരയതി ധ്രഞ്ഞ് പിടുത്തം മുറുക പിടിച്ചിരിക്കുക മാത്രമല്ല ദ്രഞ്ഞ് ധാതുവിന് ഇപ്പൊ ധാതുക്കൾക്ക് അനേക അർത്ഥങ്ങളുണ്ട് അതിലൊന്നിൽ പറയുന്നത് ദ്രഞ്ഞ് അവധ്വംസനെ എന്നാണ് അവധ്വംസനെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അപ്പൊ രാഷ്ട്രത്തെ ആരാണോ നശിപ്പിക്കുന്നത് അവനാണ് ധൃതരാഷ്ട്രൻ അവധ്വംസനെ നശിപ്പിക്കുന്നവൻ എന്നാൽ ആരാണ് ധൃതരാഷ്ട്രൻ അവസ്ഥാനെ അവസ്ഥാനെന്ന് പറഞ്ഞാൽ വർത്തിക്കുന്നവൻ അപ്പം യഥാർത്ഥത്തിൽ രാഷ്ട്രം മുഴുവൻ നിറഞ്ഞു വർത്തിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കേവലം രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നവനായി തീരുന്നു അതായത് അഹങ്കാരത്തിൽ നിന്ന് അഹംഭാവത്തിലേക്ക് ഉയരാതെ പതിച്ചവൻ അതാണ് അവിടെ അന്ധത മനസ്സിലാക്കാൻ ശ്രമിക്കുക അഹങ്കാരത്തിൽ നിന്ന് അഹംഭാവത്തിലേക്ക് ഉയരാൻ ശ്രമിക്കാത്തവൻ ഇതാണ് കണ്ണുകാണായിക പ്രതീകാത്മകമായിട്ടുള്ള മഹാഭാരതത്തിലെ ചിത്രീകരണം ധൃതരാഷ്ട്രം വ്യക്തമായ സത്യബുദ്ധി പ്രാവർത്തികമാക്കാൻ പറ്റായിക എന്നൊക്കെ നമ്മൾ കണ്ടു എന്ന് പറയാം ധൃതം രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ രാജതി ഇതി രാഷ്ട്രഹാണ് ശരിക്കും പറഞ്ഞാല് ശോഭിക്കുന്നത് കൊണ്ട് രാഷ്ട്രം അപ്പൊ ശോഭിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രം എന്ന് പറയുന്നതെങ്കിൽ താൻ എങ്ങനെ ശോഭിക്കണം രാജ്യത്ത് രാജ്യത്തെ ഓരോ പ്രജയിലും തന്നെ കാണണം തന്നിൽ വേർതിരിവ് പാടില്ല പക്ഷേ ധ്രുതരാഷ്ട്രൻ അഹംഭാവത്തിൽ നിൽക്കുന്നവനാണ് എന്നതിന് പൂർണ്ണമായ തെളിവ് ധൃതരാഷ്ട്രന്റെ ഈ ഒന്നാമത്തെ ചോദ്യം തന്നെയാണ് എന്താണ് മാമകാഹ എന്നും പാണ്ഡവാഹ എന്നും പ്രയോഗിച്ചതിലൂടെ ജ്യേഷ്ഠാനുജ പുത്രന്മാരാണ് ആ നിലയ്ക്ക് സ്വന്തം സഹോദര വേറെ കാണുന്നു എങ്കിൽ പിന്നെ പ്രജകളുടെ കാര്യത്തിൽ എന്തായിരിക്കാം സ്ഥിതി അപ്പം ഓരോ പ്രജയിലും തന്നെ തന്നെയാണ് രാജാവ് കാണേണ്ടത് അതുകൊണ്ടാണ് രാജൻ എന്ന് പറയുന്നത് രഞ്ജിപ്പിക്കുന്നവൻ മുഴുവൻ പ്രജകളെ അപ്പൊ രാഷ്ട്രത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന രാഷ്ട്രത്തിലെ ഓരോരുത്തർക്കും എല്ലാം കൊടുക്കുന്ന എന്താണ് ഓരോരുത്തർക്കും വേണ്ടത് അതിനെ പ്രദാനം ചെയ്യുന്നവൻ ആയിരിക്കണം ഈ രാഷ്ട്രൻ എന്ന പ്രയോഗത്തിൽ രാജ എന്ന പ്രയോഗത്തിൽ ധൃതരാഷ്ട്രനെ നമ്മൾ താത്വികമായിട്ട് മനസ്സിലാക്കി ഇനിയിപ്പോ ധൃതരാഷ്ട്രന്റെ വേറെ ഒരു ചിന്തയും വേണ്ട വിട്ടേക്കും അതൊക്കെ ഇതാണ് ധൃതരാഷ്ട്രത്വം നമ്മിലേക്ക് വരുന്ന സമയത്ത് ബാക്കി സമയത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോളൂ സഞ്ജയൻ ആരാണെന്ന് പറഞ്ഞു സഞ്ജയൻ എന്ന് പറഞ്ഞാൽ സമ്യക്കാകും വണ്ണം ജയിച്ചവൻ സംജയതി ഇതി സഞ്ജയ എളുപ്പത്തിലുള്ള വിഗ്രഹം സംജയതി സമ്യക് ജയതി നല്ലവണ്ണം ജയിച്ചവൻ എന്തിനെ ജയിച്ചു ബാഹ്യമായതിൽ ഞാൻ എന്ന ബുദ്ധിയെ വെടിഞ്ഞു ഇതം സർവം ഈശാവാസ്യം അതായത് അഹം കാരത്തിൽ നിന്ന് അഹം ബോധത്തിലേക്ക് ഉണർന്നവനെ ദ്വന്ദ്വങ്ങളില്ലായ്മയെ അറിയൂ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇതാണ് സഞ്ജയൻ അപ്പൊ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രൻ കാര്യങ്ങൾ അറിയുന്നു സഞ്ജയനാണ് ഗീത പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇതിനെ കാണാൻ സാധിക്കുമെന്നാണ് വളരെ ആലങ്കാരികമായിട്ട് വ്യാസരത് പറഞ്ഞിരിക്കണു തുടർന്ന് നമ്മൾ രണ്ട് ക്ഷേത്രങ്ങളെ പരിചയപ്പെട്ടു കുരുക്ഷേത്രവും ധർമ്മക്ഷേത്രവും എന്താണ് കുരുക്ഷേത്രം പറയണു കരുണാം കരണാനാം ക്ഷേത്രം കുരുക്ഷേത്രം സ്വാമി വേഗത്തിൽ പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് സ്വാമിക്ക് തോന്നുന്നു ഒന്നുകൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അതും ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ് എഴുതിയെടുത്തോളൂ എന്താണ് കരുണാം കരണാനാം ക്ഷേത്രം കുരുക്ഷേത്രം കരണങ്ങളുടെ ഇരിപ്പിടം ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം എന്നാണ് ക്ഷേത്രം ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു എന്താ കുരുക്ഷേത്രത്തിൻ്റെ ഒരു വിഗ്രഹം അത് ധർമ്മക്ഷേത്രം പറയുമ്പോൾ പറയാം ഒന്ന് കുരുക്ഷേത്രം എഴുതിയെടുത്തു എന്ന് വിചാരിക്കണം അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടത്തെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇനി അത് മനസ്സിലാക്കാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷയിക്കുന്നതാണ് ക്ഷേത്രം ക്ഷീയത ഇതി ക്ഷേത്ര എന്ത് ഗംഭീരായിട്ട് അതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ ക്ഷീയത നശിക്കുന്നത് അപ്പൊ നശിക്കുന്നതാണ് എന്ത് ക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന് അനേക അർത്ഥങ്ങളുണ്ട് വയൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ് സ്ഥലം ഇപ്പൊ ക്രീഡാക്ഷേത്രം എന്ന് പറഞ്ഞാൽ കളിക്കളം അന്നക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഇടം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വയൽ ഭൂമി എന്നൊക്കെയാണ് അപ്പം അതെന്താണ് ക്ഷയിക്കുന്നതാണ് ക്ഷീയതേ ഇതി ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രവത് അസ്മിൻ കർമ്മഫല നിവൃത്തെഹേ ഇതി ക്ഷേത്രം ഇത് നന്നായി ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് എന്താണ് ക്ഷേത്രവത് കർമ്മഫലേ നിവൃത്തെഹേ ക്ഷേത്രവത് അസ്ൻ കർമ്മഫലെ നിവൃത്തെഹേ ഇത് ക്ഷേത്രം വയലിൽ വിത്തുവിതച്ച് ഫലം കൊയ്യുന്നത് പോലെ കർമ്മങ്ങളുടെ ഫലമനുഭവിക്കാനുള്ള ഇടം എപ്രകാരം വയലിൽ വിത്തുവിതച്ച് ആ വയലിൽ നിന്ന് നാം ആ വിത്തിന്റെ ഫലമാകുന്ന അനേക വിത്തുകളെ നാം ശേഖരിക്കുന്നുവോ ആ അനേക വിത്തുകൾ ശേഖരിക്കാനുള്ള ഇടമാണ് ക്ഷേത്രം ഇതുപോലെ കർമ്മഫലങ്ങൾക്ക് അനുഭവത്തിനുള്ള ഇടം വളരെ മനോഹരമായിട്ടാണ് ശബ്ദങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധൻ ബുദ്ധദേവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു കർഷകൻ ബുദ്ധൻ ഭിക്ഷ ചോദിച്ച സമയത്ത് ബുദ്ധനോട് ചോ ബുദ്ധനോട് അദ്ദേഹം പറഞ്ഞത് ബുദ്ധനോട് പറഞ്ഞു നല്ല ശരീരമാണല്ലോ എന്നെ പോലെ കലപ്പയെടുത്ത് ഉഴുത് മറിച്ച് വിള കൊയ്ത് അനുഭവിച്ച് കഴിച്ചൂടെ അനുഭവിച്ചൂടെ എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് എന്ന് അപ്പൊ ബുദ്ധൻ ആ കർഷകനോട് പറയുന്നുണ്ട് ഹേ കർഷക ഞാനും ഒരു കർഷകനാണ് അപ്പൊ കർഷകൻ ചോദിച്ചു എവിടെ നിന്റെ വിളഭൂമി എവിടെ നിന്റെ കലപ്പ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ബുദ്ധൻ പറഞ്ഞു ജനങ്ങളുടെ മനസ്സാണ് എന്റെ കൃഷിയിട്ടം അജ്ഞാനജന്യങ്ങളാകുന്ന വാസനകളെ ഞാൻ എൻ്റെ വിവേകമാകുന്ന കലപ്പ കൊണ്ട് വൈരാഗ്യമാകുന്ന ചമ്മട്ടി കൊണ്ട് ഞാൻ ഉഴുത് നന്മയും സ്നേഹവുമാകുന്ന മഞ്ഞും വെയിലും കൊടുത്ത് അവിടെ എന്താണ് നന്മയുടെ പൂക്കൾ ഹാ സത്യം ശാന്തി ശാന്തി എന്ന അനുഭവത്തെ ഞാൻ ഫലത്തെ ഉത്പാദിപ്പിക്കുന്ന ഹേ കർഷക ഞാനും ഒരു കർഷകനാണ് ഒന്നാമത്തെ ശ്ലോകം തന്നെ നൂറ്റിയെട്ട് ദിവസം പറയാനുണ്ട് അതെ അതിനു വകയുണ്ട് എന്ന് പറയാം നിങ്ങളൊക്കെ ഇതിൻ്റെ അനന്തര സാധ്യതകളെ ഇതിലെ കുറുക്കുകളെ അല്ലെ ഇതിലെ കെട്ടുകളെ അഴിക്കാൻ സ്വാമി ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളും ഇതിനെ ആഴത്തിൽ മനനത്തിന് വിധേയമാക്കും അപ്പൊ നിങ്ങൾക്കിങ്ങനെ വെളിപ്പെട്ട് കിട്ടും ഇതിന്റെ ഇതും വെച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല എന്ന് പറയാം അപ്പൊ നശിക്കുന്നതും നശിക്കാത്തതുമായിട്ടുള്ളൊരു സംയോഗം ആ സംയോഗത്തിലാണ് ധർമ്മക്ഷേത്രം ആവിർഭവിക്കുന്നത് അപ്പൊ ധർമ്മത്തെ ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് എന്തുണ്ടാവില്ല നാശം ഉണ്ടാവില്ല ഇതാണ് മഹാഭാരതത്തിലെ കേന്ദ്രം എത്ര ധർമ്മ തത്ര ശ്രീ എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം അതുകൊണ്ടാണ് എല്ലാവരും അനുഗ്രഹിക്കുമ്പം ധർമ്മം ജയിക്കട്ടെ എന്ന് പറഞ്ഞത് അതേ ജയിക്കൂ അപ്പൊ ധർമ്മത്തെ പറഞ്ഞുകൊണ്ടാണല്ലോ ഗീത ആരംഭിക്കുന്നത് തന്നെ ധർമ്മക്ഷേത്ര എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ധർമ്മക്ഷേത്രമായ ധർമ്മക്ഷേത്രമാവണം നാം നാം ക്ഷയിക്കുന്നതല്ല എന്ന് ഞാൻ അമരനാണ് അനശ്വരനാണ് ൻ അറിയണം അതിലേക്കുള്ള വിദ്യയാണ് ഗീതയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നത് അതുപോലെ കുരുക്ഷേത്രം ഇതിലെ കഥാപാത്രങ്ങളെ പറഞ്ഞു ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദുർധനത്വാത് ഇതി ദുര്യോധന ധനത്തെ ദുർവ്യയം ചെയ്യുന്നവൻ ദുഃശാസനൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദുർശാസനാത് ഇതി ദുശാസന തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞു ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന കാര്യം ഭഗവത്ഗീത നിങ്ങൾക്ക് കാര്യങ്ങൾ എത്ര അറിയാമെന്ന് സ്വാമിക്ക് അറിയില്ല ഏതായാലും സ്വാമി പറയട്ടെ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളുടെ ധാരശിലയെന്ന് വിശേഷിപ്പിക്കുന്നത് വേദങ്ങളെയാണ് ആ വേദോത്പത്തി ആ കാലത്തെ വൈദിക കാലം എന്ന് പറയും വൈദിക കാലം വേദങ്ങൾ ആരെങ്കിലും നിർമ്മിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല അപൗരുഷേയം എന്നാണ് ഉത്തരം അപൗരുഷേയം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാൽ നിർമ്മിക്കാത്തത് അപ്പൊ എങ്ങനെയാണ് വേദം എന്നാണെങ്കിൽ തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഈ സംസ്കാരം ഈ വൈദിക സംസ്കാരം ആരംഭിക്കുന്നത് ആവിർഭവിക്കുന്നത് തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഈ ഋഷി സംസ്കാരം ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ തത്വവും വ്യക്തിയും ഒന്നായി ചേരുന്ന അവസരത്തിൽ അവനിൽ സംഭവിക്കുന്നതാണിത് ഇവിടെ തത്വവും വ്യക്തിയുമാണ് അതുകൊണ്ട് ഭാരതീയ ദർശനം തത്വാധിഷ്ഠിതമാണ് വ്യക്തിയാധിഷ്ഠിതമല്ല വ്യക്തികൾക്കിവിടെ യാതൊരു പ്രാധാന്യവും വ്യക്തികൾ അർഹിക്കുന്നില്ല ഇതര മതങ്ങൾ അങ്ങനെയല്ല ക്രിസ്തുവിനാൽ കേന്ദ്രീകൃതമാണ് ക്രിസ്തു മതം മുഹമ്മദിനാൽ കേന്ദ്രീകൃതമാണ് മുഹമ്മദീയ മതം ബുദ്ധനാൽ കേന്ദ്രീകൃതമാണ് ബുദ്ധമതം ഗുരുനാനാക്കിനാൽ കേന്ദ്രീകൃതമാണ് സിഖ് മതം ഇങ്ങനെ ഏതെങ്കിലും വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് വ്യക്തിയാധിഷ്ഠിതമായി ഇതര മതങ്ങൾ നിലകൊള്ളുമ്പോൾ ഇവിടെ ഭാരതീയ ദർശനം അതിന് ദർശനം എന്നാ ഇത് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് രാമനോ കൃഷ്ണനോ ഒന്നും ഈ മതത്തിൻ്റെ ഉപജ്ഞാതാക്കളല്ല ഇവരൊന്നുമല്ല ഇത് കണ്ടുപിടിച്ചത് എന്ന് പറയാം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടത് ആരാ ഇത് കണ്ടുപിടിച്ചത് എന്ന് അപ്പം തത്വവും വ്യക്തിയും ഒന്നായി ചേരുന്ന സമയത്ത് അവനിൽ നിന്ന് ഉണ്ടാകുന്ന അതിനെയാണ് ദർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ദർശനം ആ കാഴ്ചപ്പാട് അത് ആവിർഭവിക്കുന്നത് മന്ത്രരൂപത്തിലാണ് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഋഷീശ്വരന്മാരെ പറയുന്ന ഒരു പേര് മന്ത്രദൃഷ്ടാക്കൾ എന്നാണ് മന്ത്രത്തെ ദർശിച്ചവർ മന്ത്രത്തെ അനുഭവപ്പെടുത്തിയവർ മന്ത്രത്തെ സൃഷ്ടിച്ചവരല്ല മന്ത്രസൃഷ്ടാക്കളല്ല മന്ത്രദൃഷ്ടാക്കൾ അപ്പൊ സൃഷ്ടാക്കൾ വേറെ അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭാരതീയ തത്വദർശനമാണ് തത്വത്തെ ദർശിക്കുകയാണ് അപ്പൊ ഇവിടെ വ്യക്തികൾക്കൊരു പ്രാധാന്യവും ഇല്ല എന്ന് പറയുക വ്യക്തി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്നതല്ല ഈ മതം അതൊക്കെ ഈ മതത്തിന്റെ ഏറ്റവും വലിയ എന്താ ഉന്നതിയാണ് അതുകൊണ്ട് ഇതിനൊരു നേതാവൊന്നുമില്ല ആരെങ്കിലും നേതാവ് വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അതിന്റെ എന്താ പറയുക അതെ അന്ന് അതിന്റെ മരണമാണ് ഹിന്ദുമതത്തിന് ഞാൻ നേതാവായി വരുന്ന കാലം അതിന്റെ മരണമാണ് മൃത്യുവാണ് അതിന്റെ സാർവലൗകികത എന്ന് പറയുന്നത് ആർക്കും എവിടെ വെച്ചും എപ്പോഴും പരീക്ഷിക്കാവുന്നത് പരിശോധിക്കാവുന്നത് അപ്പൊ ഈ മന്ത്രദൃഷ്ടാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാര് അതത് കാലത്ത് അവർക്കനുഭവപ്പെട്ട സത്യത്തെ ജിജ്ഞാസുക്കളായിട്ടുള്ള ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഉപനിഷത്തുക്കൾ ഇത് പല ഉപനിഷത്തുകൾ പല ഋഷി പല പ്രകാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സത്യത്തെ അധികാരിയുടെ ഭേദത്തിനനുസരിച്ച് പലരും പല വിധത്തിൽ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ അങ്ങിങ്ങായി കിടന്ന ഈ ഉപനിഷ രാശികളെ രത്നരാശികളെ ഇതിനെയൊക്കെ ക്രോഡീകരിച്ച് മന്ത്രമെന്നും സംഹിതയെന്നും ബ്രാഹ്മണമെന്നും ആരണ്യകമെന്നും ഉപനിഷത്വമെന്നും ഒക്കെ ആക്കി ഇതിനെ വേദങ്ങളാക്കുന്നത് ഋക്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അദർവേദമെന്നും വ്യസിക്കുന്നത് വ്യാസനാണ് വ്യാസൻ വേദത്തിന്റെ കർത്താവാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല വ്യാസവിരചിതമല്ല വേദം വേദം അപൗരുഷേയം ഓരോരുത്തർക്ക് ഓരോ കാലത്ത് ആ വൈദിക കാലത്തുണ്ടായ അവരുടെ കാഴ്ചപ്പാട് ദർശനം തത്വവും വ്യക്തിയും ഒന്നാവുന്ന അത് പണ്ടേ ഉള്ളൂ ഇപ്പം ഉണ്ട് കാലാനുസൃതമായിട്ട് അതത് കാലത്തുണ്ടായിട്ടുള്ള ഓരോരോ ആചാര്യന്മാരും ഇപ്പൊ നാരായണ ഗുരുദേവന്റെ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ നാരായണ ഗുരുദേവന്റെ ദർശനമാണ് അദ്ദേഹം ആ തത്വവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ആവിർഭവിച്ചതാണ് അദ്ദേഹത്തിന്റെ മന്ത്രങ്ങളാണ് അതുപോലെ ശങ്കരാചാര്യ സ്വാമികൾ അതുപോലെ വിദ്യാരണ്യസ്വാമികൾ തപോവന സ്വാമികൾ എത്രയോ മഹാത്മാക്കൾ കാലാനുസൃതമായിട്ട് ഈ സത്യത്തെ സഹജനിലേക്ക് ബോധിപ്പിക്കാൻ അവരവരുടേതായിട്ടുള്ള ആ രീതിയിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള ഭാഷയിൽ ഓരോരോ പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അപ്പം വൈദിക കാലം ഓർമ്മയിൽ വയ്ക്കുക വൈദിക ആ വേദത്തെ വ്യസിക്കുന്നുണ്ട് ഈ വേദവ്യാസ വ്യാസ വ്യാസൻ വേദത്തിന്റെ സമസ്ത താത്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്താ ബ്രഹ്മസൂത്രത്തിന് ബ്രഹ്മസൂത്രത്തെ സൃഷ്ടിക്കുന്നു ബ്രഹ്മസൂത്രം വേദത്തിന്റെ താത്പര്യങ്ങളെ നിർണയിക്കുന്നതാണ് ബ്രഹ്മസൂത്രം അത് വ്യാസകൃതമാണ് ബ്രഹ്മസൂത്രം അതുപോലെ വ്യാസ ജൈമിനി കർമ്മസൂത്രത്തെ ധർമ്മസൂത്രം എന്ന് പറഞ്ഞിട്ട് എന്താ അതിന് രൂപം കൊടുക്കുന്നു പ്രസ്ഥാനത്രയം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നതെന്നല്ല പ്രസ്ഥാനത്രയം എന്ന് പറയും പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ വ്യാസകൃതമായിട്ടുള്ള ബ്രഹ്മസൂത്രം വ്യാസകൃതമായ മഹാഭാരതത്തിലെ ഭഗവത്ഗീത ഉപനിഷത്തുക്കൾ ഈ ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുക ഈ ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുക ഈ പ്രസ്ഥാനത്രയങ്ങളാണ് ഇന്ന് ആശ്രമങ്ങളിൽ പഠിച്ചും പഠിപ്പിച്ചും പോരുന്നത് പ്രസ്ഥാനത്രയത്തില് പുരാണങ്ങൾ പടില്ല അപ്പം ഉപനിഷ ഔപനിഷത്കാലം എന്ന് പറയുന്നത് ഒന്ന് പിന്നെയാണ് ഇതിഹാസ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രണ്ടെണ്ണം അതൊന്ന് മഹാഭാരതം ഒന്ന് രാമായണം ഇത് രണ്ടും വ്യാസൻ രചിക്കുന്നുണ്ട് അധ്യാത്മരാമായണം എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് എഴുത്തച്ഛൻ മൂലകൃതിയായ വ്യാസന്റെ അധ്യാത്മരാമായണത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് നാം കേരളത്തിൽ വായിക്കുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം അതേസമയം വാത്മീകി രാമായണം വേറെ തന്നെയുണ്ട് രാമായണം അനേകമുണ്ട് കമ്പരാമായണമുണ്ട് ഒരുപാട് രാമായണമുണ്ട് തുളസീദാസ രാമായണമുണ്ട് അപ്പൊ വാത്മീകി ആദി കവി എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ആദി കവി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടായത് രാമായണമാണെന്ന് അല്ല കാവ്യത്തിന് ചില ലക്ഷണങ്ങളുണ്ട് ആദ്യം എന്ന് പറയുന്നത് ഇതാണ് വേദം തന്നെയാണ് അതിൽ ഋക്കാണോ യജുസാണോ സാമമാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട വേദത്രയി എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്താണ് അതിന് ഗദ്യപദ്യ ഗാനരൂപത്തോടുകൂടിയതാണ് എല്ലാറ്റിലും അനേകം ഉപനിഷത്തുകളുണ്ട് അതിലുപനിഷത്തിൽ ഈ പ്രസ്ഥാന ത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചു എന്നതാണ് ശങ്കരാചാര്യസ്വാമികൾ ചെയ്ത മഹത്തായ കർത്തവ്യം അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ദിവസം ഗുളിക്കാൻ പോകുമ്പോൾ മുതലെ പിടിച്ചു എന്നിട്ട് സന്യാസിയായി എന്നല്ല അത് വേറെ കഥ അദ്ദേഹം പ്രസ്ഥാന ത്രയത്തിന് ഭാഷ്യം രചിച്ചുകൊണ്ട് ഭാഷ്യം ചമച്ചുകൊണ്ട് ഈ ആശയത്തെ വീണ്ടും ഇവിടെ നിലനിർത്തി അല്ലാതെ അദ്വൈതം സ്ഥാപിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ പ്രതിമ സ്ഥാപിച്ചു അദ്വൈതം സ്ഥാപിക്കേണ്ട വിഷയമല്ല അത് ഋഷീശ്വരന്മാർ അറിഞ്ഞനുഭവിച്ച ഒരു സത്യസാക്ഷാത്കാരമാണ് ആരും എന്ന് പറയുക അപ്പൊ ഈ പ്രസ്ഥാന ത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചു ഏതിന് ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിൽ പ്രധാനപ്പെട്ട പത്തുപനിഷത്തുകൾക്ക് ഈശം കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ടൂക്യം ഐതരേയം തൈത്തരിയം ബൃഹധാരണികം ചാന്തോക്യം ഇതിനൊക്കെ ഭാഷ്യം ചമച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ സത്യത്തെ സഹചർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു അപ്പൊ നാം പഠിക്കുന്നത് എന്താണ് ഇതിന്റെ എന്തൊക്കെയാണ് ഇതെവിടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന്റെ കാലഗണന എന്നൊക്കെ സാമാന്യ അറിവിലേക്ക് വേണ്ടിയാണ് സ്വാമി ഇത് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംശയം ബാക്കി നിൽക്കും അവസാനം അപ്പം എന്തിനാ ഇത്രയും പറഞ്ഞത് ഈ ഇതിഹാസ രചനയ്ക്ക് മുൻപ് എത്രയോ മുൻപ് ഉപനിഷത്ത് ആവിർഭവിച്ചിട്ടുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത് മുണ്ടകോപനിഷത്തിൽ അങ്കിരസ് എന്ന ഋഷിയെ ശൗനകൻ എന്ന മഹാഗൃഹസ്ഥൻ മഹാശാലൻ എന്നാണ് പറയുന്നത് ഗൃഹസ്ഥൻ സമീപിച്ച് സത്യമറിയാൻ സമീപിക്കുന്നുണ്ട് ആ അങ്കിരസിനോട് സത്യത്തെക്കുറിച്ച് ചോദിക്കുന്ന ശൗനകന് അങ്കിരസ് ഉപദേശിക്കുന്നതാണ് മുണ്ടകോപനിഷത്ത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് കിളികളുടെ കഥയും അതുപോലെ എന്താ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളും മറ്റും പറയുന്ന ഒരു ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത് ഈ മുണ്ടകോപനിഷത്തിൽ രണ്ടാം മുണ്ടകത്തിൽ മൂന്നും നാലും മന്ത്രങ്ങൾ കൂടുതൽ അറിയേണ്ടവർ സ്വാമി എന്തെങ്കിലും വായൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്നു അങ്ങനെ എന്തോ ഒരു പ്രയോഗം അതുപോലെ അടിച്ചുവിടുക അപ്പൊ നിങ്ങൾ ഗവേഷണത്തിൽ താല്പര്യമുള്ള ഗവേഷകർക്ക് അവരുടെ അറിവി അറിവിലേക്കായിട്ട് പറയുന്നു മുണ്ടകോപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ മൂന്നും നാലും മന്ത്രങ്ങൾ ഒന്നെടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീതാ ഉപനിഷത്സു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപനിഷത്തിന്റെ ഉപനിഷത്താണ് ഉപനി നമ്മൾ ആദ്യം മധുസൂദന സരസ്വതി രചിച്ച ധ്യാന ശ്ലോകത്തിൽ നാം കണ്ടു ോപനിഷദോ ഗാവോ ദുധാ ഗോപാലനന്ദന എന്ന് കണ്ടു സർപനിഷദോ ഗാവോ ദോ ഗോപാളനന്ദന പാർോവത്സീർഭോക്തീതൃതമ ആ നിലയ്ക്ക് ഉപനിഷത്തിന് എന്താ പറയാനുള്ളത് പറയണു ധനുർഗൃഹീത്വ ഔപനിഷതം മഹാസ്ത്രം മഹാസ്ത്രത്തെക്കുറിച്ച് ഇവിടെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒന്നാം അധ്യായത്തിലെ മഹാസ്ത്രത്തെ എങ്ങനെ ഒരു സാധകൻ മനസ്സിലാക്കണം എന്നാണെങ്കിൽ ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ ഗീത പഠിക്കുന്ന ഒരുവൻ ഏതെങ്കിലും ഒരു ഗാന്ഡീവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലോ അല്ലെങ്കിൽ അതിന്റെ വലുപ്പോ അതിന്റെ സെന്റിമീറ്ററും അതിന്റെ ഇഞ്ചും മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ എവിടെയും എത്തില്ല എവിടെയും എത്താൻ പോകില്ല നേരെ മറിച്ച് ഉപനിഷത്തിൽ പറയുന്നു ധനുർഗൃഹീത്വ ഔപനിഷതം മഹാസ്ത്രം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്ന മഹാസ്ത്രം എന്താണ് പറയുന്നുരംഹ്യുപാസന നിശിതം സന്ത ആയമ്യ തദ്ഗത ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യ വിധി ഹേ സൗമ്യ ലക്ഷ്യത്തെ ഞാൻ പറഞ്ഞു തരാം എന്താണ് പറയുന്നത് പറയുന്നു ഉപാസനയാൽ ഉപാസന എന്ന് പറഞ്ഞാൽ ഉപ സമീപേ ആസനം ഇരിക്കുക എന്നാണ് ഉപാസനം നമ്മുടെ ഒന്നും ഉപവാസ ഉപാസനയല്ലേ ഉപവാസവും അല്ല നമ്മുടെ ഉപവാസം ഉണ്ടല്ലോ അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഈ എന്താ ചെറുപയറിന്റെയും കടലയുടെയും നേന്ത്രപ്പഴത്തിന്റെയും റവക്കഞ്ഞിയുടെയും റവ ഉപ്പുമാവിന്റെയും ഒക്കെ സമീപത്തുള്ള ഇരിപ്പ് അതല്ല ഉപവാസം നമുക്കങ്ങനെയാ അയ്യോ ഉപവാസാണ് നാളെ ഏകാദശിയ അതുകൊണ്ട് അരി ഭക്ഷണം അരിഭക്ഷണം കഴിച്ച കംപ്ലീറ്റ് വൈപ്പും അരി അത്രയും നിഷേധിയാണ് അതുകൊണ്ടായിരിക്കാം അരി ശത്രു എന്നും കൂടെ കിട്ടിയിട്ടുള്ളത് അല്ലേ എവിടെ നിന്നാ നമുക്കിതൊക്കെ കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അതേ നാളെ എനിക്ക് ഉപവാസമാണ് കേട്ടോ എന്ന് ഭർത്താവിനോട് അദ്ദേഹം ചോദിക്കുക അതിനിപ്പം എന്താ ഞാൻ വേണ്ടത് എന്താ വേണ്ടത് എന്നോ ഒരു കണ്ണു ചോരല്ലാതെ അവിടെ കൊടുക്കുകയാണ് കുറിപ്പ് എന്താണ് നേന്ത്രപ്പഴം വലുത് പച്ചക്കായ ചെറുപയറ് കപ്പ കാച്ചില് എന്ന് വേണ്ട വിശേഷപ്പെട്ട കുറെ കിഴങ്ങുവർഗങ്ങൾ ഈ കിഴങ്ങുവർഗത്തിന്റെ സമീപത്തുള്ള ഇരിപ്പ് ഇതാണ് ഉപവാസം ഉപ സമീപേ വസ് വസിക്കുക പിന്നെ പഴമുറുക്ക് ഇത്യാദി വേറെ ഇനി ഇവിടുത്തെ ഉപവാസക്കാരി അവരുടെ അടുത്ത ഉപവാസക്കാരിയുടെ ചെറുപയറ് പുഴുങ്ങിയ കാച്ചിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടുത്തെ പുഴുക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക ഇതൊക്കെയാണ് ഉപവാസം ഏകാദശി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് കാര്യം ദശേന്ദ്രിയങ്ങളെ ഏകഭാവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് ഏകാദശി ദശേന്ദ്രിയങ്ങൾക്കും നാഥനായ ദശേന്ദ്രിയങ്ങളെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന അതിനെ ചൈതന്യവത്താക്കുന്ന ബോധസ്വരൂപനിലേക്ക് ഇന്ദ്രിയങ്ങളെ മുഴുവൻ നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവിനുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതരെ വീണു വണങ്ങിയോതിടേണം അതിന്റെ ഒരു ഉപനിഷത്തില് പറഞ്ഞാല് പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യദിന അന്തരാത്മൻ കശി ധീരാ പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഹൂ അമൃതത്വമിച്ചൻ അമൃതത്വത്തെ ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളെ ഉള്ളടക്കുന്ന പ്രക്രിയയ്ക്കാണ് ഏകാദശി ഉപവാസം എന്നൊക്കെ പറയുന്നത് അതും അരിഭക്ഷണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭക്ഷണത്തെ ഉപേക്ഷിക്കണം എന്തിനാണ് അന്നം അന്നം എന്താണ് അന്നോവൈ മനഹ അന്നം മനസ്സാണ് അന്നമയം ഹി സൗമ്യമനഹ കുട്ടി അന്നമയമാണ് മനസ് അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ അന്നത്തെ ഒന്ന് ഒന്ന് ഒന്ന് അടക്കണേ ഇത് കോഴിയിറച്ചിയും ചപ്പാത്തിയും കഴിച്ചിട്ട് ധ്യാനിക്കാൻ ഇരുന്ന് നോക്കൂ കുറുക്കനെ പോലെയാവും ധ്യാനം അങ്ങനെ നോക്കൂ അതെ ധ്യാനത്തിന് ഒരു കുറുക്കന്റെ ഒരു ഭാവം വന്നു ചേരും അല്ലാതെ സത്യം അറിയാനൊന്നും സാധ്യമല്ല അതുകൊണ്ട് ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ ധ്യാനിക്കാനൊന്നും പറ്റില്ല അപ്പം വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഭക്ഷണത്തെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവിടെ പറയുന്നു എന്താണ് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്ന മഹാധനുസിനെ എടുത്ത് ആ ധനുസിനെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട് എടുത്തിട്ട് അതിൽ ഉപാസനയാൽ ജപധ്യാനത്തിലൂടെ അതിനെ മൂർച്ച കൂട്ടണമെന്നാണ് ശരം ഹ്യുപാസന നിശിതം സന്തയിത ആ ശരത്തെ മൂർച്ചയാക്കുക ആരാ ശരം പറയാൻ പോകുന്നു പറഞ്ഞിട്ടുള്ളതാ ആയമ്യ തദ്ഭാവ ഗതേന ചേതസ ആ ലക്ഷ്യത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഏകാഗ്രമാക്കിയിട്ട് ആ ലക്ഷ്യത്തിൽ മനസ്സുകൊണ്ട് നല്ലപോലെ എങ്ങനെയാ ആയമ്യ തദ്ഭാവ ഗതേനചേതസ അങ്ങനെ വലിച്ചങ്ങട്ട് പിടിക്കുക എന്താ ഈ വലിച്ചു പിടിക്കൽ ശാസ്ത്രം കേൾക്കുക ശ്രവണവും മനനവും നിധിധ്യാസനവും എന്നിട്ടോ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യ വിധി അല്ലയോ കുട്ടി എന്താണ് ആ അക്ഷര ബ്രഹ്മത്തിൽ പ്രയോഗിച്ചോളാൻ ആ ലക്ഷ്യത്തിലേക്ക് പ്രയോഗിച്ചോളൂ എന്നിട്ടാണ് ശൗനകൻ അങ്കിരസ് ശൗനകനോട് പറയുന്നത് പ്രണവോ ധനുഹു എഴുതി വെച്ചോളൂ ആരെങ്കിൽ ചോദിച്ചാൽ പറയാ പ്രണവോ ധനു പ്രണവം പ്രകർഷേണ നവം ഓംകാരമാണ് ധനുസ് ശരോഹി ആത്മാരമാണ് ഞാൻ ഞാൻ തന്നെയാണ് ശരം ബ്രഹ്മ തൽക്ഷ്യം ഉച്ചതേ ബ്രഹ്മമാകുന്നു ലക്ഷ്യം ലക്ഷ്യമായി പറയപ്പെടുന്നത് ബ്രഹ്മമാണ് വല്ലവന്റെ നെഞ്ചത്തേക്കും അമ്പയക്കാനല്ല ധർമ്മയുദ്ധത്തിൽ പറയുന്നത് ഭ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് പ്രണവോപാസനയിലൂടെ ഓംകാര ജപത്തിലൂടെ നീ നന്നായി ആ സത്യവുമായി തുടർന്നു പറയണു അപ്രമത്തേന വേദ്ധവ്യം ശ്രദ്ധയോടെ ശരത്തെ ലക്ഷ്യത്തിലേക്ക് ഇത് ശരവത്തന്മയോ ഭവേത് ആ ശരവും ലക്ഷ്യവും ായി ചേരട്ടെ ഒന്നായി തീരട്ടെ ഇത് പറഞ്ഞതാരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഇപ്പൊ സ്വാമി പറഞ്ഞത് അങ്കിരസ് എന്ന ഋഷി ഭഗവത്ഗീത ജനിക്കുന്നതിനും മുൻപ് ശൗനകൻ എന്ന ബ്രഹ്മ ശൗനകൻ എന്ന തന്റെ മുൻപിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥിയോട് പറഞ്ഞതാണ് അപ്പൊ ഭഗവത്ഗീതയ്ക്ക് മുൻപ് യുദ്ധമുണ്ട് ഏത് യുദ്ധം ഈ ധർമ്മയുദ്ധം അപ്പൊ ഇത് ഋഷി ഉപയോഗിച്ചൊരു ശൈലിയാണ് അപ്പൊ നിങ്ങൾക്കിത് ഈ യുദ്ധം പുറത്ത് തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം എന്താ സ്വാമിക്ക് അതാ മനസ്സിലാവാത്ത അടി കൂടിയേ മതിയാവും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എന്താ സ്വകാര്യ ഡിക്ഷണറി ഉണ്ട് എന്ന് പറയാ അതിലവര് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നു അതില് ശാന്തി കിട്ടുമെങ്കിൽ നോക്കൂ എന്തെങ്കിലുമൊക്കെ പുതിയത് പുതിയത് കിട്ടിയാൽ സ്വാമിയെ അറിയിക്കും സ്വാമിയും വരാം പങ്കുവയ്ക്കാം സന്തോഷം അപ്പൊ ഇതൊരു പ്രമാണമാണ് തസ്മാ ശാസ്ത്രം പ്രമാണം തേന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുകൊണ്ട് ഇതൊരു പ്രമാണമാണ് എന്ന് പറയാം അതുകൊണ്ട് നമ്മൾ ഈ എന്താ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ കാലത്തോരോന്നൊക്കെ പറഞ്ഞു അല്ല ഇപ്പൊ ഒരുപാട് ഈ വായിക്കുന്നതും കുഴപ്പമുണ്ട് ഇപ്പൊ പല പുസ്തകങ്ങളുണ്ട് അപ്പൊ സ്വാമി ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ വിട്ടേക്കും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ഉള്ളിലേക്ക് ശാന്തമായി ഇരുന്നാൽ ഗീതയെ എനിക്ക് സ്വന്തമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒന്നാമത്തെ ശ്ലോകം തന്നെ സ്വന്തമായിട്ടുണ്ടാകും എന്ന് സ്വാമി വിചാരിക്കണം ഇല്ലേ അങ്ങനെ നമുക്ക് എഴുന്നൂറ്റൊന്ന് ശ്ലോകങ്ങളും സ്വന്തമാക്കി പോവാം ഇതില് ധൃതരാഷ്ട്രം പറഞ്ഞതും സഞ്ജയം പറഞ്ഞതും അർജുനൻ പറഞ്ഞതും ഭഗവാൻ പറഞ്ഞതും നമുക്ക് ഗീതയായി ഭവിക്കാം അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ കിതാവ് നിങ്ങൾക്ക് വലിച്ചെറിയാം സ്വാമി അത്രയും സ്വാതന്ത്ര്യം എടുക്കട്ടെ പിന്നെ എന്താണ് നിങ്ങളാണ് ഗീത കാരണം ധ്യാന ശ്ലോകത്തില് പറഞ്ഞു കഴിഞ്ഞു മധുസൂദന സരസ്വതി എന്ത് എണ്ണ എണ്ണയ്ക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത് പിന്നെയോ പ്രകാശത്തിനു വേണ്ടി ഗ്രന്ഥം ഗ്രന്ഥത്തിനു വേണ്ടിയല്ല പിന്നെയോ അത് അറിയിപ്പിക്കുന്ന ആ സത്യത്തിനു വേണ്ടി അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെന്താണ് പോളാണ് പോൾവാളത്തോളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നടന്നു പോവാം സുഖമായിട്ട് സുഖമായിട്ട് നടന്നു പോവാം അതിനുള്ള കരുത്ത് ഇതിൽ കിട്ടും എന്നൊരു സംശയം വേണ്ട അതിന് ഒരുപാട് വഴിക്ക് ഇങ്ങനെ ആ വഴി കുറച്ച് പോയി ഈ വഴി കുറച്ച് പോയി ഈ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞു വളഞ്ഞു അവരങ്ങനെ പറയണല്ലോ അവിടെ ഒരു രാജയോഗം ഇവിടെ ഒരു വേറൊരു യോഗം എന്നിട്ട് ഈ കരയോഗത്തിൽ വന്നിട്ട് ഒരു കാര്യം അവിടേക്ക് ഓടട്ടെ ഇവിടേക്ക് ഓടട്ടെ അന്ന് നമ്മൾ നമ്മൾ നമ്മളോട് ചോദിക്കും ഇത് സ്വീകാര്യമാണോ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വരാതിരിക്കൂ വല്ലാതെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വരണ്ട സംഘർഷം ഉണ്ടാക്കലാണ് സ്വാമിയുടെ ഉദ്ദേശം അതെ ഭഗവത്ഗീത ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രമല്ല സ്വാമി പറയാം ഇത് അശാന്തിയുടെ ശാസ്ത്രമാണ് എന്താണ് ഇതിലെ അശാന്തി എന്ന് ചോദിച്ചാൽ ആ അശാന്തിക്കൊരു പേര് നൽകാമെങ്കിൽ അതിൻ്റെ പേരാണ് ആധ്യാത്മികം അതായത് ഇത് ശാന്തിയുടെ ശാസ്ത്രമല്ല എന്ന് എന്തുകൊണ്ടെന്നാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടാൽ കാണാതെ പോയാൽ നാം ശാന്തരാകുമോ അശാന്തരാകുമോ ശാന്തരായിട്ടിരിക്കോ നമ്മൾ എന്താ നല്ല ശാന്തി കാണുന്നു അതെ എന്റെ ആ രത്നമോതിരം അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടുപോയി ആ നമുക്ക് വില പിടിച്ച് ഏറ്റവും വിലമതിക്കുന്ന ഒന്ന് നഷ്ടപ്പെട്ടാൽ നാം ശാന്തരായിരിക്കുമോ ഇല്ല അത് കണ്ടുകിട്ടുന്നത് വരെ നമ്മൾ അശാന്തരായിരിക്കും എന്നെ തന്നെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നറിയുന്ന സമയത്ത് നാം ശാന്തരാവൂ അശാന്തരാകൂ പിന്നെ എന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ഓട്ടമാണ് ആ എന്നെ വീണ്ടെടുക്കാനുള്ള ഓട്ടമാണ് ഇത് അപ്പൊ എന്നെ വീണ്ടെടുക്കാനുള്ള ആ ഓട്ടത്തിന് ആ അശാന്തി അതാണ് ഇവിടുത്തെ വിഷാദം അതാണ് യോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെ ആധ്യാത്മികം പേര് ചൊല്ലാം മറ്റേ അശാന്തി വിട്ടേക്കാം അത് ഭൗതികമായ വിഷയങ്ങൾക്ക് പിറകിലുള്ള ഓട്ടം അതിന് ഫലം എന്നും അശാന്തി തന്നെയാണ് അത് ഭൗതികമായ അശാന്തി ഇതോ ആധ്യാത്മികമായിട്ടുള്ള അശാന്തി ഇത് അർജുനൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ നമ്മളത് കാണാം അപ്പൊ ഇത്രയും സ്വാമി പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധ കുറച്ച് ഈ വഴിയിലേക്ക് നന്നായി വരട്ടെ എന്നുള്ളതിനായിട്ടാണ് അപ്പൊ ഉപനിഷത്തിലെ മഹാസ്ത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കും ശരി നമുക്ക് ശ്ലോകം കാണാം അത്ര ഭീമാർജുന സമാ तृपदस्कार दृष्टेन काशीराज वीर्यवाजिकुभ्य नरपुंगव युथ विक्रांतः उत्तमजाच वीर्यवां അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുനസമായുധി യുയുധാനോ വിരാടിച്ചുപതാരദ ദൃഷ്ടേതു ചേതരാജ് വീര്യവാൻ കുരുജിത് കുന്തിഭോജ് ശൈവ്യവ യുധാമന്യു ച വിക്ാന് ഉത്തമൗ ഉത്തമൗജവാൻ സൗഭദ്രോ ദ്രൗപദേയാ മഹാരഥാ എല്ലാവരും തന്നെ മഹാരഥന്മാരാണ് ആരാണ് മഹാരഥൻ എന്ന് പറഞ്ഞാല് പറയണു ഏകോദസഹസ്രാണി യോധയേ യസ്തു ധന്യുമാൻ ശസ്ത്ര ശാസ്ത്ര പ്രവീണശ്ച ഥ ഇത് സ്മൃത ആരാണ് അത്ര ആയിരം പേരോട് ആയിരമല്ല ഒറ്റയ്ക്ക് പതിനായിരം പേരോട് യുദ്ധം ചെയ്യാൻ പോന്നവൻ അവരൊക്കെ മഹാരഥന്മാരാണ് ഒറ്റയ്ക്ക് തന്നെ പതിനായിരം പേരോട് യുദ്ധം ചെയ്യാൻ പോന്നവരാണ് ഈ ഈ മഹാരഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാം നമ്മളൊക്കെ തന്നെ അങ്ങനെയാണ് പതിനായിരം പതിനായിരം പേരോടൊക്കെ യുദ്ധം ചെയ്യാൻ പോന്നവരാണ് പതിനാ പതിനായിരത്തിൽ ചില്ലുവാനും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിത്തവൃത്തികൾ അന്ധകരണ വൃത്തികൾ നമ്മുടെ മനസ്സിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന കരുത്ത് മഹാരഥന്മാരാണ് നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴോ അതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് വന്നത് ഒക്കെ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നതെന്നല്ല ദശരഥൻ എന്ന് പറഞ്ഞാൽ ആരാ ദശേന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയ വിഷയങ്ങളെ നിയമനം ചെയ്യാൻ സമർത്ഥമായി എതിർത്ത് തോൽപ്പിക്കാൻ അതുകൊണ്ടാണല്ലോ പത്ത് ദിക്കിലും ഒരേ സമയത്ത് എതിർക്കാൻ കഴിവുള്ളവൻ നേമി എന്ന പേരൊക്കെ വന്നിട്ട് ദശരഥൻ എന്ന് പറഞ്ഞത് അപ്പൊ ദശരഥന് അയോധ്യയിൽ ജനിക്കുന്ന രാമനാണ് അയോധ്യയിൽ ജനിച്ച പുത്രനാണ് രാമൻ എന്ന് പറയുമ്പം അതിന്റെ പിറകിലൊരു താത്പര്യം ആധ്യാത്മികമായ താത്വികമായ ഒരു വശമുണ്ട് ദശേന്ദ്രിയങ്ങളെ അടക്കുന്ന സമയത്ത് ആ മനസ്സ് ശാന്തമാകും അതാണ് ആയോധനം ആയോധനം നിലച്ച ഭൂമി അയോധ്യ എന്ന് പറയും മനസ്സാണ് അന്ധക്കരണത്തിൻ്റെ ശീതളിമയാണ് രാമൻ സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ എന്ന് ബോധം എന്നാണ് രാമൻ അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്താൽ കിട്ടുന്നത് ബോധമാണ് അതാണ് പുത്രനെ കിട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദശരഥന്റെ അച്ഛനെ അജൻ എന്ന് പറയുന്നത് അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ എന്നാണ് അപ്പൊ ജനിക്കാത്തവന്റെ മകൻ തരക്കേടില്ല രാമനോട് അച്ചാച്ചന്റെ പേര് ഇതിൽ എഴുതാൻ പറഞ്ഞു സ്കൂളിൽ പോയപ്പം അവ രാമൻ പറഞ്ഞു എനിക്ക് അച്ചാച്ചൻ ഇല്ല മരിച്ചുപോയ അല്ല അച്ചാച്ചൻ ജനിച്ചിട്ടേ ഇല്ല അജൻ എന്നാണ് അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ അപ്പൊ ജനിക്കാത്തവന്റെ മകൻ അയാളുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇവനും ജനിച്ചിട്ടില്ല എന്നും ഉള്ളത് ജനിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യഹ എന്നാണ് ഉള്ളത് ജനിച്ചതിനോ ജാതസ്യഹി ധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മ മൃതസ്യച്ച ഗീതയിലെ നിയമമാണ് ജനിച്ചതിന് ഇല്ലായ്മയും ഉള്ളതിന് ഇല്ലായ്മയും ഇല്ലായ്മയ്ക്ക് അത് ഉണ്ടായതിന് പര പരമമായ ഉണ്മയ്ക്കല്ല ജനിച്ചതിന് ഇല്ലായ്മയും അതായത് എന്തോ ജനി മരിച്ചതിന് ഉണ്മയും അപ്പൊ അജൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനിക്കാത്തവൻ എന്ന നിത്യമായിട്ടുള്ളത് അപ്പൊ ദശേന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത ആ ദശരഥന് രാമൻ പുത്രനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധത്തെ സമാധി അനുഭവിക്കുന്നു എന്നതിനെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാ രാമായണൊക്കെ വളരെ രസമാണ് ബോധമാകുന്ന രാമൻ മനസ്സാകുന്ന സീത വിഷയങ്ങളിലേക്ക് പോകുന്നു ഹിരണ്യ സ്വർണ്ണമാനെ കണ്ടിട്ട് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ തോന്നിയിട്ടുണ്ട് സീതയ്ക്ക് ഇത്ര വിവരമില്ലെന്ന് ഇത്രയും വലിയ ഒരാളുടെ ഭാര്യയായിട്ട് ഒരു മാനിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പോകുന്ന വിവേകമൊന്നുമില്ല ചിലപ്പോ നമ്മുടെ കുട്ടികളൊക്കെ എന്നാൽ പോലും അവർക്കറിയാം ഒരു നല്ല നായ നായങ്ങനെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർക്കറിയില്ലേ അതിന് അത് ജീവല്ല എന്ന് ചിലപ്പോൾ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ പറ്റിയെന്ന് വരും തുടക്കത്തിൽ ഒരു വേള പിന്നെ പറ്റില്ല പിന്നെ അവർക്കറിയാം അതിന് ജീവനൊന്നുമില്ല അപ്പൊ ഇതിൽ കാട്ടിലിങ്ങനെ പോകുന്നത് ഒരു ഇതിനെ കണ്ടപ്പോൾ രാമനോട് പറയാണ് നോക്കുക അത് സ്വർണ്ണമാനാണ് എനിക്കതിനെ വേണമെന്ന് അപ്പൊ രാമൻ പറഞ്ഞു സ്വർണ്ണമല്ല അല്ല അത് സ്വർണ്ണമാണ് അപ്പൊ അത് സ്വർണ്ണമല്ല സ്വർണ്ണമാണ് എന്ന് പറയാൻ പോകുന്ന വിവേകമൊന്നും സീത ഇങ്ങനെയൊരു വിവരക്കേടിനെയാണല്ലോ രാമൻ കൂടെ കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ് അതായത് മനസ്സ് സ്വർണ്ണത്തിലേക്കാണ് അതുകൊണ്ടാണ് ഹിരണ്യ ഹിരണ്യാക്ഷനും ഹിരണ്യ കശിപും ഒക്കെ അസുരന്മാരായിട്ട് നിൽക്കുന്നത് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ ഹിരണ്യം സ്വർണം അക്ഷി കണ്ണ് സദാസമയം കണ് സ്വർണ്ണത്തിലാണ് കണ്ണ് അങ്ങനെ നോക്കുകയാണ് എത്ര പവനുണ്ട് എത്ര ഉണ്ടാവും എത്ര എത്ര എത്ര അല്ലേ ഹിരണ്യ കശിപു എന്ന് പറഞ്ഞാൽ അതിനെ കട്ടിലാക്കി തലയണയാക്കി വെച്ചിരിക്ക അവ വെച്ചിരിക്കുന്ന അവസ്ഥ അപ്പം മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നു ആ വിഷയത്തിൽ ഉഗ്രമായ വിഷയം മനസ്സിനെ ഹടാതെ ആകർഷിക്കാൻ പോകുന്ന ശേഷിയുള്ള വിഷയമാണ് സ്വർണം അതുകൊണ്ട് ബോധത്തിൽ നിന്ന് മനസ്സ് വിഷയത്തിലേക്ക് പോകുന്നു സ്വർണമാനിലേക്ക് അനന്തരം ദുഃഖം ഇതാണ് കഥ നമ്മുടെ കഥയാണ് അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഹിരൺമയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂശന്നപാവൃണു സത്യധർമായ തൃഷ്ട സത്യധർമ്മനായ എനിക്കായിക്കൊണ്ട് ഹിരണ്യപാത്രം ഹിരൺമയേന പാത്രേണ സ്വർണനിർമ്മിതമെന്ന് തോന്നുന്ന മൂടികൊണ്ട് സത്യസ്യ മുഖം അപിഹിതം സ്വർണത്തിന്റെ എന്താ സത്യത്തിന്റെ സത്യത്തിന്റെ മുഖം അഭിഹിതം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഹേ പൂഷൺ അപാവൃണു അല്ലയോ ഭഗവൻ സൂര്യദേവ അപാവൃണു മാറ്റിയാലും അപ്പൊ ഇത് മാറ്റലാണ് ഈ ശാസ്ത്രം അപ്പൊ നാം നാമത്തിലും രൂപത്തിലും ആകൃഷ്ടരായി ഈ നാമരൂപങ്ങൾക്കപ്പുറത്തുള്ള സത്യത്തെ അറിയാതെ പോകുന്നു അങ്ങനെ അറിയാതെ പോയി നാമവും രൂപവും സത്യം എന്ന് കരുതിയാലോ അനന്തരഫലം ദുഃഖം പക്ഷെ സീതാദേവിക്ക് താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിയുന്നതുകൊണ്ട് സീതാദേവിയെ കവി വളരെ മനോഹരമായി അശോകവനികയിൽ ഇരുത്തി ശോകരഹിതമായ ഭാവത്തിൽ എന്തുകൊണ്ട് രാമസ്മരണ ഉള്ളതുകൊണ്ട് ബോധസ്മരണ വന്നതുകൊണ്ട് ഗംഭീരാണ് മനഃശാസ്ത്രമാണ് ഇത് നിങ്ങൾ വെറുതെ കർക്കടകത്തിലെ ദുരിതം തീരുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ എവിടെ തീരാൻ ഇത് ശരിക്കും വിചാരം ചെയ്യണം ദുരിതം തീര എന്ന് പറഞ്ഞാൽ ഇതാണ് ദുരിതം കുറച്ച് നമ്മുടെ ശ്രദ്ധ ഈ വഴിയിലേക്ക് ഒന്ന് പോകട്ടെ അത് രഥം എന്ന് പറഞ്ഞാൽ മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മളൊക്കെ മഹാരഥന്മാരാണ് അതിലിവിടെ കുറച്ച് പേരെയൊക്കെ പറഞ്ഞിരിക്കും ശൂരാഹ എങ്ങനെയാണ് ഇവിടെ ഇതില് ശൂരന്മാർ ശൂരന്മാർ എന്ന് പറഞ്ഞാൽ ശൂരയന്തേ ശൃണ്വന്തി വ വിക്രമികൾ ആരെയും തപിപ്പിക്കാൻ പോകുന്നവർ എന്ന് പറയാ ശൂരന്മാർ മഹേഷ്വാസാഹ നമ്മൾ കണ്ടു മഹാന്ത ഇക്ഷ്വാസ തേ ഇതി മഹേഷ്വാ വലിയ വില്ല് എന്ന് പറഞ്ഞു ഇഷവ അസ്യന്തേ അനേന ഇതി എന്ന് പറഞ്ഞാൽ അയയ്ക്കുന്നത് എന്നാണ് അതുകൊണ്ട് പ്രണവം പ്രണവത്തിൽ നിന്ന് പോകുന്ന ആ ഓങ്കാര ജപ ആ ധ്വനി അതൊക്കെ ആ മന്ത്ര ധ്വനി വില്ലുകളാണ് ശരങ്ങളാണ് അതിന്റെ ഒരു വർണ്ണന ഇനി മുൻപിലേക്ക് വരാൻ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഈ ഒരു ഭാവത്തിൽ ഒരു ധ്യാനാവസ്ഥിത മനസ്സോടുകൂടിയിട്ട് ഇതിനെ സ്വീകരിച്ചാൽ എന്നിട്ട് ധ്യാനത്തിന് വിഷയമാക്കിയാൽ ഇതിന്റെ ആ മധുരിമ ധ്യാന മധുരിമ നമുക്ക് അനുഭവിക്കാം എന്ന് പറയാം കേട്ടോ പറയണം എന്താ ഭീമാർജുന സമാഹ ഭീമനും അർജുനനും സമമായിട്ടുള്ള യു ആളുകൾ ആരൊക്കെയാണ് യുയുധാനൻ യുയുധാനൻ എന്ന് പറഞ്ഞാല് സാത്യകിയെ ആണ് യുയുധാനൻ എന്ന് പറയുന്നത് സാത്യകി അതിശയേന യുദ്ധതേ ഇതി യുയുധാന അതിശയത്തോടുകൂടി യുദ്ധം ചെയ്യാൻ കഴിയുന്നവൻ ഇതൊക്കെ സത്വഗുണങ്ങളാണ് ഓരോരോ ദുർഗുണങ്ങൾ വികാര വിചാരങ്ങൾ വരുമ്പോൾ ആ വികാര വിചാരങ്ങളെ സമർത്ഥമായി നേരിടുന്ന നമ്മുടെ അന്ധക്കരണത്തിലെ സദ്ഭാവങ്ങൾ എന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി വിരാടൻ വിരാടൻ എന്ന് പറഞ്ഞു ചരിത്രപരമായിട്ട് മത്സ്യ എന്താ മാത്സ്യരാജ്യത്തിലെ രാജാവാണ് വിരാടൻ വിരാടന്റെ അവിടെയായിരുന്നു ഇവര് കുറച്ചു കാലമൊക്കെ പോയി താമസിച്ചതും മറ്റും അപ്പൊ ശത്രുവിൻ വിശേഷേണ രടയതി ഇത് വിരാട ശത്രുക്കളെ വിശേഷേണ നല്ലവണ്ണം ഇല്ലായ്മ ചെയ്യാൻ ഒന്നവനാണ് വിരാടൻ എന്ന് പറയുക അതേസമയത്ത് വിരാട് എങ്ങനെയാണ് ഒരാള് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നത് അവൻ വിരാട്ടാവണം എന്ന് പറഞ്ഞാൽ വിരാട് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കണം അപ്പോഴോ അവൻ അവൻ അജാത ശത്രുവാവും അജാത ശത്രു എന്ന് പറഞ്ഞാൽ എന്താ തനിക്ക് ശത്രു ജനിച്ചിട്ടില്ല തന്നിൽ ശത്രുതയില്ല അതായത് കൃഷ്ണനും രാമനും ഒക്കെ അജാത ശത്രു കൃഷ്ണന് ശത്രുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണന് കംസൻ ഒരിക്കലും ശത്രുവല്ല കംസന് കൃഷ്ണൻ ശത്രുവാകാം അതുപോലെ രാവണന് രാമൻ ശത്രുവാകാം പക്ഷേ രാമന് രാവണൻ ശത്രുവല്ല നമുക്കും അങ്ങനെ നമ്മളും അങ്ങനെയായിരിക്കണം നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം നമ്മളത് അന്വേഷിക്കേണ്ട പക്ഷേ അതായത് പലർക്കും നാം ശത്രുവായിരിക്കാം നമുക്ക് ഒരു ശത്രു ഉണ്ടാവരുത് പലർക്കും നമ്മൾ നമ്പർ വൺ ശത്രുവായിരിക്കും പക്ഷെ നമുക്ക് എന്തുണ്ടാവരുത് അവരോട് ശത്രുത ഉണ്ടാവരുത് ആരോട് അപ്പൊ വിരാട് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഒരു ഭാവമുണ്ട് നമ്മുടെ ഗുരുക്കന്മാരുടെ പേര് തന്നെ അങ്ങനെയാണ് വിശ്വാമിത്രൻ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞ ആര് വിശ്വത്തിന് മുഴുവൻ മിത്രനായിട്ടുള്ളവൻ അവനാ ഗുരുവേ വിശ്വാമിത്രൻ വിശ്വത്തിന് മുഴുവൻ അവൻ മിത്രനാണ് അവന്റെ സാന്നിധ്യം വിശ്വത്തിന് ഹിതം പകരുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ വിശ്വാമിത്രനായി ഭവിക്കാനുള്ള ചില ഇതൊക്കെ സൂചനകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് യസ്മാോ ദ്ജതേ ലോക ലോകാന്നോ ദ്വജതേ ജയഹ ഹർഷാമർഷ ഭയോദ്വേഗൈ ഹി മുക്തോ യസ മേ പ്രിയ മേ പ്രിയ എന്റെ പ്രിയപ്പെട്ടവനാരാ യാതൊരുവന്റെ യാതൊരുവന്റെ സാന്നിധ്യത്തിൽ ലോകം ഉദ്വേഗപ്പെടുന്നില്ലയോ യാതൊരുവൻ ലോകത്തിന് ഉദ്വേഗത്തെ ഉണ്ടാക്കുന്നില്ലയോ അവൻ എന്റെ പ്രിയപ്പെട്ടവനാ അവൻ വിശ്വാമിത്രനായിരിക്കണം വിശ്വത്തിന് മുഴുവൻ കൂട്ടുകാരൻ മിത്രൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ അപ്പൊ വിരാട് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതെ വേറെ ആരുമില്ല അവിടെ ഇതൊരു സത്യമാണ് നാരായണ ഗുരു ദൈവദശകത്തിൽ പറയും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്ക് പോലുള്ള നിന്നിലസ്പന്തമാകണം നിന്നിലസ്തന്ദമാകണം ഒന്നൊന്നായി എണ്ണി എണ്ണി ഈ വിശ്വമെന്തെന്ന് എണ്ണി ആ നാമരൂപാദികളെയൊക്കെ ഉരുക്കഴിച്ച് നാമരൂപങ്ങൾക്ക് അപ്പുറത്തുള്ള ബോധതലത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ അത് നിന്നിൽ ഇളക്കമില്ലാത്തതായി നിൽക്കുമ്പം നീ ആരാണ് വിരാട് വിരാടൻ പിന്നെ നിനക്ക് ശത്രുക്കളൊന്നുമില്ല അടുത്തുനിൽ പോരനുജനെ നോക്കാൻ പക്ഷികളില്ലാത്തോർ കരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം പറഞ്ഞിട്ടില്ലേ കവി അടുത്ത് നിൽക്കുന്നവനെ അനുജനായിട്ട് കാണാൻ പറ്റാത്തവന് പിന്നെ ഈശ്വരൻ അദൃശ്യനായാൽ അതിൽ വലിയ അത്ഭുതം ഉണ്ടാവും ഇല്ല എന്ന് പറയാം ഇതൊക്കെ ഇവിടേക്കാണ് നമ്മളെ കൈ ചൂണ്ടുന്നത് എന്ന് പറയാം അതിനെയാണ് വിസ്തരിച്ച് നാം കാണാൻ പോകുന്നത് കർമ്മനിലൂടെ വിരാട വിരാടൻ ധ്രുപദൻ പറഞ്ഞു വൃക്ഷം ധജചിഹ്നവുമായുള്ളവൻ ഇളകാത്ത പദത്തോടുകൂടിയിട്ടുള്ളവൻ ദ്രുപഥൻ ദൃഷ്ടകേതുഹു ദൃഷ്ടഹാ കേതുരസ്യ ഇതി ദൃഷ്ടകേതു പറഞ്ഞാൽ ദൃഷ്ടകേതു കണ്ടമാത്രയിൽ ചികിതാനന്റെ പുത്രനാണ് ദൃഷ്ടകേതു അവനെ ദൃഷ്ടമാകുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരിൽ എന്തുണ്ടാവും ഭയം ഉണ്ടാവുമെന്ന് പറയാം ഒന്ന് നോക്കിയാൽ മതി ചില വൃത്തികളെ ചില ചിത്തവൃത്തികളെയൊക്കെ നാം നിരീക്ഷിച്ചാൽ തന്നെ അത് കൊഴിഞ്ഞു വീണുപോകും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ ഞാൻ ദേഷ്യം വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ കുറേയും കൂടെ ശാന്തനാവും െ ചിലപ്പോ അതൊന്നും താൻ നിരീക്ഷിക്കുന്നില്ല തന്നെയെങ്കിലോ തന്റെ ചിത്തവൃത്തികളെ താൻ നിരീക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല എന്ന് പറയാ താൻ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും ദ്രുപദൻ ദൃഷ്ടകേതു ചേകിതാനൻ ചേകിതാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ചേകിതാനൻ എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നു ചേതനയുള്ളവൻ എന്നാണ് ചേതന എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അത്ര സത്വബുദ്ധി അതും അന്ധകരണത്തിന്റെ ആ സത്വബുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നു ീര്യവാൻ വീര്യം ഉള്ളവൻ സഹവീര്യം കരവാവഹേ ഉപനിഷത്തിൽ കേട്ടിട്ടില്ല വീര്യത്തോടുകൂടി ഉണർവോടുകൂടി വീര്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു ഇരിപ്പിനെയാണ് വീര്യം എന്ന് പറയാം അല്ലാതെ കുറെ മസിലൊന്നുമല്ലേ വീര്യം എന്ന് പറഞ്ഞാൽ വീര്യവാൻ എന്തും ഗ്രഹിക്കാൻ പോകുന്ന ആ ഒരു പാടവം ആ ഒരു എന്താ പറയുക അതിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അങ്ങനെയുള്ള ഒരു മനസ്സ് ആ മനസ്സിൻ്റെ ഉടമ വീര്യമുള്ളവനാണ് ീര്യവാന് പുരുജിത് രാജാവാണ് പുരുജിത്ത് പുരത്തെ ജയിച്ചവൻ പുരം എന്ന് പറഞ്ഞ ശരീരം പുരൂൻ ജയതി ഇതി പുരുജിത് പുരത്തെ നവദ്വാരെ പുരേദേഹി ഇനി ഈ കാര്യത്തെ നിങ്ങൾക്ക് ഒന്നുകൂടെ വിസ്തരിച്ചറിയണം എങ്കിൽ പുരഞ്ജനോപാഖ്യാനം ഭാഗവതം എടുത്തു വായിക്കുക നോക്കുക അതിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് കഥ മനസ്സിലാവായിട്ട് രാജാവ് ഇദ്ദേഹം പറഞ്ഞു എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ വിസ്തരിച്ച് പറഞ്ഞുതരാം തത്വവിചാരം ഭാഗവതം തന്നെ അവിടെ തത്വവിചാരത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ആ കഥയെ ഒൻപത് ഗോപുരങ്ങളുള്ള ആ പുരത്തിലേക്ക് വരുന്നതും അവിടെ അങ്ങനെ കോട്ട കെട്ടിയിട്ട് കോട്ട ഇടിഞ്ഞു വീഴുന്നതും മറ്റും സ്വാമി കഥ വിസ്തരിക്കാൻ പോകുന്നില്ല ഭാഗവതം നിങ്ങൾ കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആ താത്വികമായിട്ടുള്ള വശം മനസ്സിലാക്കാൻ പറ്റും എന്താ പുരഞ്ജനോപാഖ്യാനം അത് മാത്രം കേട്ടാലും മതി പുരുജിത് കുന്തി ഭോജൻ കുന്തിയുടെ വളർത്തച്ഛൻ നരപുങ്കവ നരപുങ്കവൻ എന്ന് പറഞ്ഞാൽ പുരുഷ ശ്രേഷ്ഠൻ പൂങ്കവ എന്താ പുരുഷ ശ്രേഷ്ഠൻ നരൻ നരപുങ്കവൻ എന്ന് പറഞ്ഞാൽ നയതി ഇതി നരഹ എന്നാണ് നയിക്കാൻ പോന്നവൻ നേതൃഗുണം ഉള്ളവൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയും ഇതൊക്കെ ആരാണ് പുറത്തു നിന്നാണോ അല്ല ഒക്കെ ഉള്ളിൽ നിന്ന് വരേണ്ടത് തന്നെയാണ് ഇതെങ്ങനെ ഈ ചില പേസ്റ്റ് പോലെയാണ് നമ്മൾ ഇങ്ങനെ ഞെക്കിയാലേ വരുള്ളൂ ഈ ജാമൊക്കെ കണ്ടിട്ടുള്ള തള്ളിവിടണം ചെല്ലട ചെല്ല് രാവിലെ എഴുന്നേൽപ്പിക്കുന്നതേ അങ്ങനെയാ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാമിത്രൻ വസിഷ്ഠൻ കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാ കൗസല്യാ സുപ്രജ രാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ടരശാർദൂല കേട്ടിട്ടില്ലേ അല്ലേ കൗസല്യാ സുപ്രജ രാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ കൗസല്യയുടെ മോനെ കൗസല്യ സുപ്രജ നല്ല മോനെ പൂർവാ സന്ധ്യ പ്രവർത്തതേ പൂർവാ കിഴക്ക് സന്ധ്യ സൂര്യൻ പ്രവർത്തതേ ഉദിച്ചു തുടങ്ങി ഉത്തിഷ്ട ഉത്തിഷ്ട എ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ രാമ എഴുന്നേൽക്കൂ എന്തിനാണ് ഇതാ നരശാർദൂല നരന്മാരിൽ ശാർദൂലനായിട്ടുള്ള ശ്രേഷ്ഠനായ മഹത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന രാമ എഴുന്നേറ്റാലും എന്തിനാണ് എഴുന്നേൽക്കുന്നത് ഇതാ സൂര്യൻ എഴുന്നേറ്റു സൂര്യൻ എഴുന്നേറ്റു ആരെഴുന്നേറ്റു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് സൂര്യൻ എഴുന്നേറ്റു സൂര്യൻ എഴുന്നേറ്റു പ്രവർത്തനം അതുകൊണ്ട് മോനെ നീയും എഴുന്നേൽക്കണം നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് വിളിക്കുന്നത് ഇതേ സുപ്രഭാതം തന്നെ നമ്മളും ചൊല്ലാറുണ്ട് തന്നെ എടാ കഴുതേ പോത്തുപോലെ ഇതേ സുപ്രഭാതം കുട്ടികള് ഞാനൊരു പോത്താണെങ്കിൽ അല്ലേ സ്വാഭാവികമായും അമ്മ െ അച്ഛൻ അപ്പൊ ഒരു പോത്ത് വൃത്തി ഒരു കഴുത ഇതൊക്കെയാണ് പ്രഭാതത്തില് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവിടെ ഋഷി സൂര്യനുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് ഈ വിശ്വത്തിന് മുഴുവൻ ഊർജം പ്രദാനം ചെയ്യുന്ന സൂര്യൻ ഉണർന്നു എന്നും സൂര്യൻ കിഴക്ക് പ്രവർത്തിച്ചു തുടങ്ങിയെന്നും അതുകൊണ്ടിൽ നരന്മാരിൽ ശ്രേഷ്ഠനായ നീയും പ്രവർത്തിക്കേണ്ടത് അവശ്യം ആണ് എന്നും ഇത് അമ്മ വിളിക്കുകയാണ് മോനെ ദേ സ്കൂളിൽ പോണു കുട്ടികളൊക്കെ എന്താ നീ എഴുന്നേൽക്കാത്തത് എന്ന് കുറച്ച് പ്രായമുള്ള അമ്മയാണ് ആളുകൾ വിചാരിച്ചു ഈ വീട്ടിൽ ഏതാ സ്കൂളിൽ പോകുന്ന കുട്ടിയുള്ളത് അന്വേഷിച്ചു ആരാണ് അല്ല സ്കൂളിലെ ഹെഡ് മാഷർ എന്റെ മോന മകൻ ഹെഡ്മാഷാണ് കുട്ടികളിങ്ങനെ പോയിത്തോടെ നരപുങ്കവൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണമാർന്ന ആശ്രയിക്കാൻ പോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ശൈബ്യൻ ശിബിഗോത്രത്തിൽപ്പെട്ട ദയുടെയും ദാനത്തിന്റെയും മൂർത്തിമത്ഭാവം യുധാമന്യു യുധായാം മഞ്ഞു എസ് എസ് യുദ്ധത്തിൽ കോപവേഗമുള്ളവൻ യുധാമന്യു ഉത്തമൌജാഹ ഉത്തമം ഓജോ യമൗജ ഉത്തമമായ ശ്രേഷ്ഠമായ ഓജസ്സോടുകൂടിയിട്ടും തേജസ്സോടും കൂടിയിട്ടും ഉള്ളവൻ വീര്യവാൻ വീര്യമുള്ളവൻ വീര്യമസ് വീര്യം അസ്യ അസ്തി ഇത് വീര്യവാൻ വീര്യം നേരത്തെ പറഞ്ഞു പിന്നെയോ ദ്രൗപദേയാ ദ്രൗപദേയാ എന്ന് പറഞ്ഞാൽ ദ്രൗപതിയുടെ പുത്രന്മാര് സൗഭദ്ര സുഭദ്രയുടെ പുത്രനായിട്ടുള്ള അഭിമന്യു പിന്നെ ദ്രൗപതിയുടെ പ്രതിവിന്ധ്യനും സുതസോമനും ശ്രുതകീർത്തിയും ശതാനീകനും ശ്രുതസേനും ഇവരൊക്കെ ധ്യാനരൂപിണിയായിട്ടുള്ള ദ്രൗപതിയിൽ ലാവണ്യം വാത്സല്യം കാരുണ്യം സൗമ്യം ദയ ഇത്യാദി മൂല്യങ്ങൾ ഇവരൊക്കെ ഇതാ മഹാരഥന്മാരാണ് ഇവരൊക്കെ കേമന്മാരാണ് എന്ന് പറഞ്ഞു തുടർന്ന് നമ്മുടെ സൈന്യത്തിലുള്ളവരെ ഇന്ദിരാ സ്വാമി ഇത് വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശദീകരിക്കണം എന്ന് ഒന്ന് രണ്ടു പേര് പറയേണ്ട നമ്മുടെ സൈന്യത്തില് വിശിഷ്ടന്മാരായിട്ടുള്ള പലരും അവരെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മരെയും ദ്രോണരെയും കർണരെയും പറയും ഭീഷ്മ ദ്രോണരെ സാമാന്യം പരിചയപ്പെട്ട് കർണനിലാണ് നമ്മൾ എത്തി നിന്നത് ബാക്കി ഭാഗം നമുക്ക് ഇതേ ഇതേ സ്ഥലത്ത് നാളെ ഇതേ സമയത്ത് കാണാം ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് ദ്രോണാചാര്യരോട് പറയുന്നു എന്റെ സൈന്യത്തിലുള്ളവരെ ആരൊക്കെയാണെന്ന് ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം എനിക്ക് വേണ്ടി ആരൊക്കെയാണ് ജീവൻ ബലിയർപ്പിക്കാനായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് മതർത്തെ തെക്തജീവിതാഹ എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നതിൽ ഒന്നാമത്തെ ആള് ഭവാൻ അങ്ങ് തന്നെയാണെന്ന് പറയും ഇതാണ് ദുര്യോധനത്വം നമ്മൾ കണ്ടുവരുന്നത് വാക്കുകളുടെ മുകളിൽ ഒരൽപ്പം പോലും ശ്രദ്ധയില്ലായ്മ ഉപനിഷത്തിൽ പറയും വാങ്്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചിപ്രതിഷ്ഠിത സിലും മനസ്സ് വാക്കിലും വാക്കുകളുടെ മേലിൽ ഒരൽപ്പം പോലും ശ്രദ്ധയില്ലാത്ത വാക്കുകൾ ദുര്യോധനൻ പറയുന്നതാണ് അങ്ങ് എനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വന്ന ചുരുക്കി പറഞ്ഞ എന്റെ ഒരു സേവകനാണ് അങ്ങ് ആരാണോ അസ്ത്രശസ്ത്രവിദ്യ അഭ്യസിപ്പിച്ച് ഈ പാകത്തിനാക്കി തീർത്തത് അയാളോടാണ് പറയുന്നത് ഭവാൻ ഒന്നാണ് ദ്രോണാചാര്യെന്ന് പറയാം അപ്പൊ ദുര്യോധനന്റെ വാക്കുകൾക്ക് മേലില് ശ്രദ്ധയുണ്ടോ ദുര്യോധനന്റെ ചിന്തകൾക്ക് പ്രാബല്യമുണ്ടോ നമ്മള് നമ്മളോട് ചോദിക്കേണ്ടതാ നമ്മുടെ വാക്കുകളില് മനസ്സുണ്ടോ മനസ്സിൽ വാക്കുണ്ടോ നാളെ പത്തുമണിക്ക് ഞാൻ വരാം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പത്തുമണിക്ക് നമ്മൾ എത്തില്ല എന്നാലും നമ്മൾ പറയും ഞാൻ നാളെ പത്തിന് വരാം എന്തിനാ അങ്ങനത്തെ ഈ പൊഴ് എന്താ വാക്കുകൾ ഒന്ന് അന്ന് ഭവാൻ പിന്നെ പറയണു ആരാണ് ആരാണ് ഈ ഭവാൻ എന്ന് പറഞ്ഞാല് ദ്രോണൻ എന്ന് പറയാ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ദ്രോണൻ എന്ന് പറഞ്ഞാല് തത്വ വിചാരത്തിന് വിധേയമാക്കുന്ന സമയത്ത് വിചാരമാക്കുക വിധേയമാക്കുന്ന ദ്രോണൻ എന്ന് പറഞ്ഞാല് ദ്രുഹു ധാതുവിൽ നിന്നാണത്രേ അത് ആ ശബ്ദം ഉരുത്തിരിഞ്ഞു വരുന്നത് ദ്രുഹുധാതുവിന് ജിഖാസായാം എന്നാണ് ദ്രോ ദ്രോഹിക്കുക എന്നും അതേസമയത്ത് വിദ്വേഷം വെച്ച് പുലർത്തുക എന്നും ദ്രോണരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വിദ്വേഷം വെച്ച് പുലർത്തിയതായിട്ട് കാണാനും സാധിക്കും ഈ വിദ്വേഷം വെച്ച് പുലർത്തുന്ന കഥാപാത്രമാണ് അതാണ് ദ്രോണന്റെ പ്രകൃതം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദുര്യോധനൻ ദുര്യോധനൻ ദ്രോണനെ സമീപിച്ചിട്ട് ദൃഷ്ടദ്യുനന്റെ കാര്യം ധ്രുപതപുത്രേണ എന്ന് പറഞ്ഞത് കാരണം ദ്രുപതനോടുള്ള വിദ്വേഷത്തെ എത്രയോ കാലങ്ങളായിട്ട് കാത്തുസൂക്ഷിച്ച ഒരു ആളാണ് ആര് ദ്രോണൻ എന്ന് പറയാം അപ്പൊ വിദ്വേഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു ആ വിദ്വേഷം എവിടുന്ന് ഉണ്ടാകുന്നു ഉപനിഷത്ത് പറയുന്നുണ്ട് യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു തത് ആത്മാനം തതോ നിജുഗുപ്സതേ യഹ സർവാണി ഭൂതാനി ആത്മനിവ അനുപശ്യതി യാതൊരുവനാണ് സർവഭൂതങ്ങളെയും തന്നെ തന്നിൽ കാണുന്നത് അതുപോലെ തന്നെ സർവഭൂതേഷുച്ച് ആത്മാനം പശ്യതി തന്നെ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളെ തന്നിലും കാണുന്ന കാഴ്ചയിൽ നിന്ന് മാത്രമേ വിദ്വേഷം ഇല്ലാതെയാകുന്നുള്ളൂ എന്ന് അപ്പൊ വിദ്വേഷത്തിന് അടിസ്ഥാനം എന്ത് എന്നാണെങ്കിൽ രണ്ടെന്ന ഭാവം തന്നെയാണ് അതുകൊണ്ട് ദ്രോണരിയൊന്നും ഒരിക്കലും ഒരു ഗുരു എന്ന സ്ഥാനത്ത് ഒരിക്കലും എന്താ അങ്ങനെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം മഹാഭാരതത്തിലെ വ്യാസൻ ഇന്നെന്ന ആളുകളെയൊക്കെ മാതൃകയായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അവിടെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെയുള്ളൂ ഭഗവാൻ കൃഷ്ണൻ രണ്ടെന്ന പ്രതീതിയെ ഉളവാക്കി ആ രണ്ടിൽ നിന്ന് ദ്വിതീയാതുവൈ ഭയം ഭവതി ആ രണ്ടിൽ നിന്ന് ഭയമുണ്ടാകുന്നു ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഭീഷ്മരെന്നും നമ്മൾ കണ്ടു ദിവ്യതെ അസ്മാതി ഭീഷ്മ എന്നാണ് ഭയത്തെ ജനിപ്പിക്കുന്നവൻ മറ്റുള്ളവരിലൊക്കെ ഭയത്തെ ജനിപ്പിക്കുക ഭീഷ്മരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലൊക്കെ ഭയം ജനിപ്പിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് സ്വയംവര പന്തലിലേക്ക് ചെന്നിട്ട് ഈ അമ്പയെയും അമ്പ അമ്പികയെയും അമ്പാലികയെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മറ്റു രാജാക്കന്മാരൊക്കെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു നിന്നത് അവർക്കറിയാം ധർമ്മമല്ല എന്ന് എന്നാലും മിണ്ടാതിരുന്നു അപ്പൊ ഭയപ്പെടുത്തിക്കൊണ്ട് കാര്യം നേടുന്ന പലതിലും അങ്ങനെയാണല്ലോ ഇന്ന് സമൂഹത്തിൽ ചിലരൊക്കെ ഭയപ്പെടുത്തിയിട്ടാണ് നിർത്തുന്നത് ആളുകൾ മീശയൊക്കെ അങ്ങോട്ട് തിരിച്ചു വെച്ച് അല്ലേ അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാം ആ ഭീഷ്മര് അതുപോലെ കർണഹ തുടർന്ന് പറയും കർണൻ കർണൻ എന്ന് പറഞ്ഞാൽ ആരാണ് കർണ കർണ ഭേദന എന്ന് പറഞ്ഞാൽ തുളച്ചുകയറുന്നത് എന്നാണ് കർണനെയാണ് നമ്മളിതിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ആരൊക്കെയാണ് ഇവര് ഈ പാണ്ഡവന്മാര് സൂര്യദേവനിൽ അതായത് കുന്തിക്ക് സൂര്യദേവനിൽ പുത്രനാണ് കർണൻ വ്യാസഭഗവാൻ കഥ പറയുമ്പം വളരെ മനോഹരമായിട്ട് തത്വവിചാരത്തിന് ഏറെ സാധ്യത ഒരുക്കിക്കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് കുന്തിയുടെ കുന്തിയിൽ സൂര്യന് ജനിച്ച് അതായത് സൂര്യ സൂര്യനിലൂടെ സൂര്യനിൽ നിന്ന് കുന്തിക്ക് ജനിച്ചത് നമ്മളൊക്കെ തന്നെ സൂര്യപുത്രന്മാരാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയെ സൂര്യനിൽ നിന്ന് ആവിർഭവിച്ചതാണ് നമ്മുടെ വംശം സൂര്യവംശമാണ് നമ്മുടെ മുത്തശ്ശൻ സൂര്യനാണ് ഈ ഭൂമി തന്നെ സൂര്യനിൽ നിന്ന് അടർന്നു വീണതാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്ത് സൂര്യനിൽ നിന്ന് അടർന്നു വീണ് എത്രയോ വർഷം അതങ്ങനെ ചൂട് കൊണ്ട് നിന്നു നിന്ന് പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം തണുത്തുറഞ്ഞ് ജീവൻ എന്ന മഹാപ്രതിഭാസത്തിന് ഇടം കണ്ടെത്തിയ അപ്പൊ ഈ ജീവൻ പോലും സൂര്യനിൽ നിന്നാവിർഭവിച്ചതാണ് അപ്പൊ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സൂര്യൻ്റെതാണ് സൂര്യനിൽ നിന്നാണ് അതുകൊണ്ട് സൂര്യൻ ഈ ഭൂമിയുടെ പിതാവും മാതാവുമാണ് ഒരേ സമയം അതുകൊണ്ടാണ് വ്യാസഭഗവാൻ സൂര്യമണ്ഡലാഷ്ടകത്തില് നമസ്സവിത്രേ ജഗദേഗ ചക്ഷുഷേ ജഗത്പ്രസൂതി സ്ഥിതി നാശഹേതവേ ത്രൈമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ എന്നു സ്തുതിച്ചത് അപ്പൊ നമ്മളൊക്കെ ആരെയാണ് സൂര്യപുത്രന്മാരാണെന്ന് പറയാം എല്ലാവരും നമുക്കൊക്കെ അവകാശപ്പെടാവുന്ന പിതൃത്വമാണ് സൂര്യനിൽ നിന്ന് ജാതമായി എന്ന് പറയാം നമ്മളൊക്കെ ഒന്ന് സൂര്യൻ പിന്നെയോ ധർമ്മദേവനിൽ കുന് അതായത് കുന്തിക്ക് ധർമ്മദേവനിൽ ജനിച്ചു ധർമ്മപുത്രർ എന്ന് പറയുക യുധിഷ്ഠിരൻ അതുപോലെ എന്താ ഇന്ദ്രനിൽ കുന്തിക്ക് ജനിക്കുന്നു അർജുനൻ വായുവിൽ കുന്തിക്ക് ജനിക്കുന്നു ഭീമസേനൻ ഇങ്ങനെ നാല് മക്കളാണ് കുന്തിയുടേതായിട്ടുള്ളത് കർണനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും പിന്നെ മാദ്രിയില് മാതൃക്ക് അശ്വനി ദേവന്മാരിൽ ജനിക്കുന്നതാണ് നകുലനും സഹദേവനും അതേതൊക്കെയാണ് സത്യൻ എന്ന് പറഞ്ഞ അശ്വനിദേവനിൽ നകുലനും ദന്ദ്രൻ എന്ന് പറഞ്ഞ അശ്വനി ദേവനിൽ സഹദേവനും ജനിക്കണമെന്നാണ് ഇതൊക്കെ എന്താ ധർമ്മ ധർമ്മവുമായി ചേരുമ്പോഴുണ്ടാകുന്നത് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നാദൻ ദേവേന്ദ്രൻ എന്ന് പറയും ദേവ എന്നുള്ള ശബ്ദം ഉപനിഷത്തിൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അപ്പം ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണ് ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ നാദനായി വർദ്ധിക്കുന്നവൻ അതുപോലെ വായു പഞ്ചമഹാഭൂതങ്ങൾ ആ പഞ്ചമഹാഭൂതത്തിൻ്റെ ചേരുവ തന്നെയാണ് നാം ഓരോരുത്തരും ഈ പ്രപഞ്ചം പഞ്ചീകരിക്കപ്പെട്ട് ഉണ്ടായതാണ് അപ്പൊ ഈ വഴിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സന്താനങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ വ്യാസൻ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സൂര്യനിൽ നിന്ന് ഇങ്ങനെ കുന്തിക്ക് പുത്രം ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ എന്ത് പൊട്ടത്തര ഇത് ഇതൊരിക്കലും വൈദ്യശാസ്ത്രത്തിന് നിരക്കുന്നതേ അല്ല വായുവിൽ നിന്ന് ഒരു പുത്രം ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ വേണം മനസ്സിലാക്കാൻ അപ്പൊ കർണൻ ഈ കർണൻ മഹാഭാരതത്തിലെ വലിയൊരു സത്യം വ്യാസൻ കർണനിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നു അതായത് കർണൻ്റെ മരണത്തിന് ശേഷം കർണൻ മരിച്ചു എന്നറിയുന്ന സമയത്ത് ഭീമസേനനും മറ്റും പെരുമ്പറ കുട്ടി ആഘോഷിക്കുന്നുണ്ട് പിന്നീട് സ്വസഹോദരനാണെന്നറിഞ്ഞ ശേഷം അങ്ങേയറ്റം വിഷമിക്കുന്നുമുണ്ട് ആ സമയത്താണ് ധർമ്മപുത്രർ കർണൻ്റെ ശ്രാദ്ധാദി കർമ്മങ്ങൾ മരണാനന്തരം ചെയ്യേണ്ടുന്ന സ്വസഹോദരന്മാർ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നദീതീരത്ത് പോയി ചെയ്യുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് യുധിഷ്ഠിരൻ അമ്മയെപ്പോലും അതായത് കുന്തിയെ വളരെ എന്താ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരുഷമായ വാക്കുകളെ പറയുന്നുണ്ട് അമ്മ നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതിലെ യുധിഷ്ഠിരന്റെ വാക്യം ഇതാണ് ഈ രഹസ്യം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു വ്യാസർക്കും നമ്മളോട് പറയാനുള്ളത് ഇതാണ് ഈ രഹസ്യം കർണൻ ആരെന്ന രഹസ്യം അറിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാം ആരാണ് കർണൻ സഹോദരൻ എന്തുകൊണ്ട് കർണൻ സ്വസഹോദരനാണെന്ന് അറിഞ്ഞില്ല കർണന്റെ മാതൃത്വവും പിതൃത്വവും അജ്ഞാതമായിരുന്നു എന്നാൽ അജ്ഞാതമാണോ അല്ല അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതാ നമ്മളൊക്കെ ഏതൊരുവനെയാണ് ഇല്ലാതെയാക്കണം എന്നാഗ്രഹിക്കുന്നത് ആ ഇല്ലാതെയാക്കണം എന്നാഗ്രഹിക്കുന്നവന്റെ മാതൃത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ ഇന്നലകളിലേക്ക് നടന്നു നീങ്ങിയാൽ ഏതൊരു വിശ്വമാതാവിന്റെ ഏതൊരു വിശ്വയോനിയിലൂടെയാണോ ഞാൻ കടന്നു വന്നത് അതേ വിശ്വയോനിയിലൂടെയാണ് ഞാൻ ഇല്ലാതെയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവനും കടന്നു വന്നത് എവിടെയാണ് സാഹോദര്യത്തെ ദർശിക്കുന്നത് ഈ സാഹോദര്യം എപ്പോൾ ഇല്ലാതെയാകുന്നുവോ അപ്പോൾ യുദ്ധമാണ് അപ്പൊ എതിർപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാൻകാരൻ കർണനാണ് നമ്മൾ ആരെയൊക്കെ ഇല്ലാതെയാക്കണം ശ്രമിച്ചു ആരെയൊക്കെയാണോ ഇല്ലാതെയാക്കണം എന്ന് വിചാരിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല നമ്മളെ നമ്മളെ കടിക്കുന്ന കൊതുകു പോലും കർണന്റെ സ്ഥാനത്ത് നിൽക്കും കാരണം അത് ജാതമായത് ആ ഒന്നിൽ നിന്നാണ് യഥോവാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ അത് ബ്രഹ്മമെന്നറിഞ്ഞാലും എവിടെ നിന്നാണ് ഈ ഭൂതജാലങ്ങളെല്ലാം ആവിർഭവിച്ചത് അപ്പൊ കർണന്റെ മാതൃത്വത്തെ അന്വേഷിച്ചു പോകുന്ന പാണ്ഡവന്മാർ എത്തിച്ചേരുന്നത് സ്വമാതാവിലാണ് നമ്മളും എത്തിച്ചേരുക അവിടെയാണ് ആ മാതൃത്വത്തിലേക്ക് ദൃഷ്ടിയൂന്നിയാൽ പിന്നെ വിദ്വേഷമില്ല ഇത് വ്യാസൻ മനോഹരമായിട്ട് പറഞ്ഞു അത് ധർമ്മപുത്രരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു ആലോചിച്ച് നോക്കൂ എത്ര മനോഹരമാണ് കാര്യം അല്ലേ അറിഞ്ഞതിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള എന്താ ദുഃഖത്തിൻ്റെ ഭാരം പണ്ടവന്മാർക്ക് ഞങ്ങളിത് ഇത്രയും എന്താ ക്രൂരകൃത്യം ചെയ്തുവല്ലോ എന്ന് അപ്പൊ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് പറയാം ഓരോരുത്തനും ഓരോരുത്തനെ വകവരുത്താൻ ശ്രമിക്കുന്നത് കർണനെ അറിയാത്തതുകൊണ്ടാണ് അവന്റെ മാതൃത്വവും പിതൃത്വവും അറിയാത്തതുകൊണ്ടാണ് ഉപനിഷത്ത് ഈ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കും വീണ്ടും കാരണത്തെ കാര്യമാക്കിക്കൊണ്ട് അതിന്റെ കാരണത്തിലേക്കും പോകുന്ന വഴി അങ്ങനെ എത്തിക്കഴിഞ്ഞാലോ എല്ലാം ആ സത്യമാണെന്നും അതിൽ നിന്ന് ഭിന്നമായി ഇവിടെ യാതൊന്നും ഇല്ല എന്നും എസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനത തത്ര കോ മോഹ ക ശോക ഏകത്വം അനുപശ്യത ഏകത്വത്തെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവനിൽ ശോകമോഹങ്ങൾക്ക് സ്ഥാനം എവിടെ എന്ന് ഉപനിഷത്തിൽ ഋഷി ചോദിക്കണം ഈ ഏകത്വ ദർശനമാണ് കർണന്റെ കർണൻ സ്വസഹോദരനാണെന്ന് അറിയാതെ പോയത് അതുകൊണ്ട് തന്നെയാണ് കർണനെ എതിർപക്ഷത്ത് നിർത്തിയത് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് എപ്പോഴും സ്വസഹോദരനാണ് നമ്മുടെ എതിരാളിയായി എതിരാളിയാക്കി പാണ്ഡവന്മാർക്ക് എതിരാളിയാക്കി നിർത്തിക്കൊണ്ട് വ്യാസൻ നമ്മളോട് കഥ പറയുന്നു ആലോചിക്കുക ഇന്ന് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ശത്രു നമ്പർ വൺ എന്ന് പറയുന്നത് ആരാണ് ഒന്ന് ഭാര്യയുടെ അച്ഛനായിരിക്കും അല്ലെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനോ അനുജനോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അമ്മാമനായിരിക്കും അല്ലെങ്കിൽ പഠിപ്പിച്ചവരായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഭഗവത്ഗീത വളരെ രസകരമായിട്ടുള്ള ഒന്നാണ് ഒരു കുട്ടി ചോദിച്ചു സ്വാമി കുട്ടികൾക്ക് ഗീത ഗീത കൊണ്ട് എന്ത് പ്രയോജനം അതെ അർജുനന് ഇതിലെ പ്രശ്നം ഗുരുക്കന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കുട്ടികളുടെയും പ്രശ്നം അതൊക്കെ തന്നെയാണ് ഗുരുവിന ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹലോകെ ഹത്വാർത്ഥ കാ ഭുജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ എന്ന് അർജുനൻ പറയുന്നുണ്ട് ഈ പൂജിക്കേണ്ട ഗുരുക്കന്മാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും കുട്ടികൾ സ്വാമി സ്വാമിയുടെ കുട്ടിക്കാലത്ത് ഒരു എന്താ പറയുക പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചില ചില അധ്യാപകന്മാരും ചില ടീച്ചർമാരൊക്കെ എത്രയും പെട്ടെന്ന് മരിച്ചു പോണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെ വളരെ സത്യം പറയുക അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ രണ്ടു ദിവസം അവധിയും കിട്ടും അവരെ കൊണ്ടുള്ള ശല്യവും ഉണ്ടാവില്ല ആരൊക്കെ മരിക്കണു ഇവ ഈ ടീച്ചർ എന്താ മരിക്കാത്തത് ഫിസിക്സ് ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് പറയാണ് ന്യൂട്ടൺ ആപ്പിൾ മരച്ചുവട്ടിൽ വിദൂരതയിലേക്ക് കണ്ണും നട്ടിയിരിക്കുമ്പോൾ ഒരാപ്പിൾ വീണു അദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹം ആലോചിച്ചു എന്തുകൊണ്ടിത് താഴോട്ട് വീണു അല്ലെങ്കിൽ താഴേക്ക് വീഴാൻ കാരണമായതെന്ത് അങ്ങനെ അന്വേഷിച്ച് ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചു കുട്ടികളെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒരു കുട്ടി പറഞ്ഞു ടീച്ചർ ഈ പുസ്തകവും ടീച്ചറേയും നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും എന്ന് മനസ്സിലായി പുറത്തിറങ്ങ വിദൂരതയിലേക്ക് നോക്കുക എന്തെങ്കിലുമൊക്കെ കണ്ടെത്താം ആരാണ് കർണൻ ഓർത്തോട് നമ്മൾ ഇല്ലാതെയാക്കണം എന്ന് ശ്രമിക്കില്ലാതെയാക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെ തന്നെയാണ് അത് ഏത് ദേശക്കാരനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും നോക്കൂ ഭാരതീയരെ സംബന്ധിച്ച് നിങ്ങൾക്കേറെ താല്പര്യം തോന്നുന്ന വിഷയമായിരിക്കും താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ ഈ വഴിയിൽ പോയിട്ടുണ്ടാവും എന്ന് സ്വാമി പ്രതീക്ഷിക്കുന്നു ഭാരതം ഏത് ദേശത്തോട് ക്രിക്കറ്റിൽ തോറ്റാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ പാകിസ്ഥാനോട് തോൽക്കാൻ പാടില്ല നമുക്ക് നേരിട്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പാകിസ്ഥാൻകാരൻ എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ വാസ്തവത്തിൽ അവരാരായിരുന്നു നാൽപ്പത്തേഴിന് മുൻപ് അവരാരായിരുന്നു ഭാരതീയരെ സംബന്ധിച്ച് ഭഗവത്ഗീതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് കർണന്റെ പക്ഷം നിന്ന് ചിന്തിക്കുമ്പോൾ എന്തിനാ നമുക്കെന്തിനാ ഈ വിദ്വേഷം പാകിസ്ഥാൻകാരോട് ഭീകരവാദവും മറ്റും പലരും പലയിടത്തും നടത്തുന്നുണ്ട് ഈ രാജ്യത്ത് ഇവിടെ ഉള്ളവർ ചെയ്യുന്നില്ലേ എന്തൊക്കെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പക്ഷേ എന്താണെന്നറിയില്ല ഇവിടെ ജനിക്കുന്ന ഓരോ ഭാരതീയനും അവന്റെ ജന്മനായുള്ള ശത്രുവായിട്ട് അവൻ പാകിസ്ഥാൻകാരനെ കാണുന്നു ആരെങ്കിലും പാകിസ്ഥാനിൽ പോകണമെന്ന് ആഗ്രഹം പറയാറുണ്ടോ ഇല്ല കർണന്റെ പക്ഷത്ത് നിൽക്കുകയാണ് മുഴുവൻ കർണനെ പ്രതിനിധാനം ചെയ്യുന്നു പാകിസ്ഥാൻ ഒരു വേള നാം തിരിച്ചറിഞ്ഞാൽ സ്വസഹോദരന്മാരാണ് ഇതെന്നറിഞ്ഞാൽ അവസാനിച്ചു യുദ്ധം ഈ അതിർത്തിയിൽ ഒഴുക്കുന്ന ധനമുണ്ടല്ലോ അതിൻ്റെ വെറും ഇരുപത് ശതമാനം മതി നമ്മുടെ ഭാരതത്തിൻ്റെ മുഴുവൻ റോഡുകളുടെയും ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗതി മാറ്റിമറിക്കാൻ വെറും ഇരുപത് ശതമാനം മറ്റും നാം ചെലവഴിക്കുന്ന ധനത്തിൻ്റെ ഇരുപത് ശതമാനം എന്തിന് അറിയാത്തതുകൊണ്ട് അല്ലെ അപ്പൊ ഇവിടെ നമുക്കറിയാം ആരോട് തോറ്റാലും പ്രശ്നമില്ല പക്ഷെ പാകിസ്ഥാനോട് തോൽക്കാൻ പാടില്ല അങ്ങനെ പാ ഇന്ത്യ പാക്ക് മാച്ച് വരുന്ന സമയത്ത് എന്തൊരു തിരക്കാണ് അവന്മാരെ ശരിയാക്കണം അല്ലേ അതേത് അമ്മൂമ്മയ്ക്ക് പോലും ഒരു ഉത്സാഹ എടാ എന്തായി എന്നും ചോദിച്ചിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് വയസ്സായ അമ്മൂമ്മ എന്നാലും വലിയ വിശേഷം അവനെ അടിച്ചു എന്നാണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പാകിസ്ഥാനോട് നാം വിദ്വേഷം പുലർത്തുന്നത് ദേശഭക്തിയാണ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരാണ് മറ്റൊരു ദേശത്തെ വിദ്വേഷിച്ചുകൊണ്ടല്ല സ്വദേശാഭിമാനിയായി ഇരിക്കരുത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഗുണാതാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരോട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും ഇല്ലായിരുന്നു ഒരു തരത്തിലുള്ള വിദ്വേഷവും അദ്ദേഹത്തിനില്ലായിരുന്നു ബ്രിട്ടീഷുകാർ ശത്രുക്കളാണ് എന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് പിന്നീട് തോന്നിയിട്ടുണ്ട് വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചത് അബദ്ധമായി എന്ന് പലയിടത്തും ഗാന്ധിജി തനിക്ക് അദ്ദേഹം മഹാത്മാവായിരിക്കുന്നത് എന്തുകൊണ്ടാണ് തനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ അബദ്ധമാണ് എന്ന് പറഞ്ഞത് തന്നെയാണ് മഹാത്മാവിന്റെ ലക്ഷണമാണത് അപ്പൊ കർണൻ ആരാണ് കർണൻ നമുക്ക് ഈ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലൊന്നും പാകിസ്ഥാനോടും വേണ്ട വിദ്വേഷം ചൈനയോടും വേണ്ട ആരോടും വേണ്ട വിദ്വേഷത്തിൽ നിന്ന് ഈ സത്യം അറിയാൻ സാധ്യമല്ല വിദ്വേഷം അവസാനിക്കും പത്ര കോമോഹ ക ശോക ന വിചുകുപ്തത്തെ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നു അവിടെ അത് അവസാനിക്കണമെന്ന് പറയും ന വിജുഗുപ്തേ എന്നൊക്കെ ഉപനിഷത്ത് പറയണം അവിടെ അത് അവസാനിക്കണം എന്ന് പറയും അപ്പൊ കർണഹ സമിതിഞ്ജയ യുദ്ധവിജയിയായിട്ടുള്ള അശ്വത്ഥാമ ആരാണ് അശ്വത്ഥാമ അശ്വസ്യ സ്ഥാമ ഇവ സ്ഥാമയസ്യ സ അശ്വത്ഥാമ ഇവൻ കുതിരയെ പോലെ കരഞ്ഞവനാണെന്ന് പറയും ജനിച്ചപ്പോ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ ഉപേക്ഷിച്ചേക്കൂ ഈ രാജ്യം നന്നാവുന്നു കുതിരയുടെ വേഗമുള്ളവനാണ് ഈ കുട്ടികൾ കുട്ടികൾ സ്വതവേ കരഞ്ഞാൽ തന്നെ അല്ലേ ഒരു മഹാത്മാവ് പറയേ കുട്ടികൾ ഈശ്വരന്റെ വരദാനാണെന്ന് പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത്ര കുട്ടികള് ഈശ്വരന്റെ വരദാനമാണ് എന്നൊക്കെ പറയുന്നത് കുട്ടികള് അച്ഛനും അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ മുഴുവൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ അവൻ ഉണർത്തുന്ന പറയണം കരഞ്ഞുകൊണ്ട് രണ്ടര മൂന്ന് മണിക്കൊക്കെ തുടങ്ങും കരയാൻ അങ്ങനെ ബ്രാഹ്മ മുഹൂർത്തം ബോധിപ്പിച്ചു തരുന്നവനാണ് ആര് ഈ കുട്ടികൾ ഇവിടെ അശ്വത്ഥാമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയെ പോലെ കരഞ്ഞവൻ കുതിരയുടെ വേഗമുള്ളവൻ എന്നൊക്കെയാണ് ആ അശ്വത്ഥാമാ കൊണ്ട് തഥായവ അതുപ്രകാരം മതർത്തയെ തൃക്ത എനിക്ക് ജീവൻ ഉപേക്ഷിക്കാനായി വന്നു ചേർന്നിട്ടുള്ള ആളുകളൊക്കെ നാനാശസ്ത്രപ്രഹരണാഹ പല ആയുധങ്ങളെ അസ്ത്രശസ്ത്രങ്ങളെ പ്രയോഗിക്കുന്നതിൽ വിശാരദന്മാരാണ് മാത്രമല്ല അന്യച്ച ബഹവഹശൂരാഹ അന്യേ ഇനിയും ബഹവഹശൂരാഹ അനേകം ശൂരന്മാർ വീരന്മാർ ഒക്കെ ഉണ്ട് അവരെല്ലാം തന്നെ സർവേ യുദ്ധവിശാരദാഹ എല്ലാവരും യുദ്ധവിശാരദന്മാരാണ് ആരാരോട് പറയുന്നത് ഈ ദുര്യോധനനേക്കാൾ ഈ പറഞ്ഞ ആളുകളുടെ യുദ്ധവിശാരദ വിശാലത ബോധ്യപ്പെട്ടവത് ആർക്കാണ് ആരാണ് ഇവർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഏറ്റവും പ്രായം ചെന്ന ഈ വിദ്യ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളോടാണോ ഈ ആൾ പോയിട്ട് പറയുന്നത് ഇതിൽ നിന്നൊക്കെ നാം നമ്മുടെ ദുര്യോധനത്വത്തെ തിരിച്ചറിയുക അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക വാക്കില് മനസ്സും മനസ്സില് വാക്കും ഉണ്ടായിരിക്കട്ടെ നമ്മളും ഓരോരുത്തരെയൊക്കെ പരിചയപ്പെടുത്തുമ്പം വളരെ ആലോചിച്ചു വേണം ആദ്യം ചോദിച്ചേക്ക അറിയോ അറിയില്ല അല്ലേ അറിയില്ല എങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ലാതെ നേരെ കയറി പരിചയപ്പെടുത്താം കരുതെന്ന് പറയാം ചിലപ്പോൾ പരിചയപ്പെടുത്തി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മരുമകൻ തന്നെയായിരിക്കും നന്നായിട്ട് അറിയുന്ന ആ നമ്മൾ അങ്ങനെ അബദ്ധം പറ്റാറില്ലേ അദ്ദേഹം പറയാം അല്ല നിങ്ങൾ പരിചയപ്പെടുത്തി കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയാമെന്ന് വിചാരിച്ചു അപരം തദസ്മാകും ബലം ഭീഷം പരയാ ബലം ഭീമാരക്ഷക ബലം ഭീഷമാരക്ഷം പരയാപ്തം ത്ഷം ബലം ഭീമാരക്ഷം രണ്ട് പ്രകാരത്തില് ഈ ശ്ലോകത്തെ ആചാര്യന്മാര് അന്വയിപ്പിച്ച് കാണുന്നുണ്ട് ഒന്ന് ഭീഷമാഭിരക്ഷിതം തത് അസ്മാകം ബലം അപര്യാപ്തം ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് ആരെ നേ നേരിടാൻ കൗരവന്മാരെ നേരി പാണ്ഡവന്മാരെ നേരിടാൻ ആരാരോട് പറയുന്നതാണ് ദുര്യോധനൻ ദ്രോണരോട് പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന സൈന്യം വേണ്ടത്ര കരുത്തുറ്റതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് സംശയമുണ്ടത് അതുകൊണ്ട് അങ്ങ് വളരെ ശ്രദ്ധ നമ്മളും ഒരാളുടെ ഒരാളുടെ പ്രീതി സമ്പാദിക്കാൻ നമ്മളും ഈ ഒരു പ്രയോഗം നടത്താറുണ്ട് പിന്നെ സാറേ എനിക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് വിശ്വാസമില്ല അതുകൊണ്ട് സാറും കൂടെ ഒന്ന് എനിക്ക് സാറിലാണ് വിശ്വാസം സാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇതാണ് രീതി ഇതേ രീതി തന്നെയാണ് ദുര്യോധനൻ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം വേണ്ടത്ര യോഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ മറുപക്ഷത്തോ ഭീമാഭിരക്ഷിതം ഏതാം ബലം ഭീമനാൽ പരിരക്ഷിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യം ഇതം ബലം തു പര്യാപ്തം അത് പര്യാപ്തമാണ് അവർക്ക് ഇതാണ് കൂടുതൽ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചു കാണുന്നത് മറ്റൊരു വ്യാഖ്യാനം ഇത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്താണ് ഭീഷമാഭിരക്ഷിതം തത് അസ്മാകം ബലം പര്യാപ്തം ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം പര്യാപ്തമാണ് പക്ഷെ ഇങ്ങനെ ദുര്യോധനാണ് പറയുന്നത് ദുര്യോധന് ഇങ്ങനെ ഭീഷ്മരില് ഉറ ഉറപ്പുറ്റ വിശ്വാസമുണ്ടോ ഉണ്ട് എങ്കിൽ ദുര്യോധനൻ ഇങ്ങനെ ഇറങ്ങി ദ്രോണന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല അതില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല അടുത്ത ശ്ലോകം ദുര്യോധനൻ എന്താണ് പറഞ്ഞത് എന്നതിനെ കൂടുതൽ കാണിക്കാൻ പോകുന്നതാണ് ദുര്യോധനന്റെ താത്പര്യം എന്താണ് എന്ന് അപ്പം ഭീമനാൽ പരിരക്ഷിക്കപ്പെടുന്ന സൈന്യം അപര്യാപ്തമാണ് പാണ്ഡവന്മാർക്ക് ഞാൻ നോക്കിയിട്ട് എന്നും ഭീമനാൽ പരിരക്ഷിക്കപ്പെടുന്ന സൈന്യം പര്യാപ്തമെന്നും അപര്യാപ്തമെന്നും ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന സൈന്യം പര്യാപ്തമെന്നും അപര്യാപ്തമെന്നും രണ്ടു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാം കൂടുതൽ ശരിയെന്ന് തോന്നുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ആ സമയത്ത് മനസ്സിലാവും यनु यू अयनु यहावस्थिता अभिक्षंतर् भाई एलाव ഈ ദുർ ദുര്യോധനൻ മറ്റുള്ളവരോടൊക്കെ ആയിക്കൊണ്ട് പറയുകയാണ് ഭവന്ത ഏവ സർവ ഏവ ഹി ഏയ് എല്ലാവരും തന്നെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും എന്താ വേണ്ടത് കാരണം അനുസരണയില്ലാത്തവരാണേ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് അതിന്റെ ലക്ഷണം പറയുന്നുണ്ട് സർവേഷു ച അയനേഷു സർവേവ എല്ലാവരും സർവേഷു അയനേഷു എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടരുത് ഈ കുട്ടികളെയായിട്ട് എക്സ്കർഷന് ടീച്ചർമാര് കൊണ്ടുപോവേ ഈ മൃഗശാല കാണിക്കാൻ അത് കാണിക്കാൻ ഇത് കാണിക്കാനൊക്കെ അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അധികം മൃഗശാലയിലേക്ക് പോകുന്നിടത്ത് കപ്പലണ്ടിക്കാരന്റെ അങ്ങോട്ടേക്ക് അത്തിരിക്കാം അവരെയൊക്കെ മെരുക്കാനൊരു പ്രത്യേക അതുകൊണ്ട് കുട്ടികളെ യൂണിഫോമൊക്കെ യൂണിഫോമിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പിന്നെ ഇപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ ഇങ്ങനെ ബാൻഡ് മേളത്തിനൊക്കെ കണക്കായിട്ട് നിർത്തും അപ്പൊ അതിനു മുമ്പായിട്ട് ടീച്ചർ ആ സ്ഥാനം തെറ്റാൻ പാടില്ല സ്ഥാനം തെറ്റിയ കാണാൻ അതിന് ഭംഗി ഉണ്ടാവില്ല എന്ന് പറയും ഇതുപോലെ ഈ സ്ഥാനം തെറ്റുന്നവരാണിവര് അത് അനുസരണയില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് അങ്ങനെയാണ് ഈ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരില്ല അപ്പോഴാണ് അവര് പോവുക ഒരമ്മ ഒരു കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് മാഗ്നറ്റ് വെച്ചിട്ടാണ് അത്ര എന്തിനാണ് പല്ലിൽ കമ്പിയിട്ടതുകൊണ്ട് അതിങ്ങനെ കാണുന്നു അങ്ങനെ അത് തുറക്കും പടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പിടിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു വിഭാഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഭവന്ത സർവേവ നിങ്ങളെല്ലാവരും തന്നെ സർവേഷു അയനേഷു എല്ലാ വ്യൂഹദ്വാരങ്ങളിലും നിന്നുകൊണ്ട് ഇതിപ്പോ ഗരുഡനെ പോലെ നിർത്തിയിരിക്കുക മറ്റൊരു പത്മത്തെ പോലെ അപ്പൊ അവിടെ തന്നെ നിൽക്കണം എന്നിട്ട് എന്ത് വേണം ഭീഷ്മ ഏവം അഭിരക്ഷണോ ഭീഷ്മരെ തന്നെ രക്ഷിക്കണം പറഞ്ഞാൽ ഭീഷ്മരുടെ കാര്യം പരിങ്ങല്ല യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞു ഭീഷ്മരെ രക്ഷിക്കേണ്ടതുണ്ട് ഭീഷ്മരെ രക്ഷിച്ചാൽ മാത്രമേ ഭീഷ്മർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷയല്ല നോക്കേണ്ടത് ഭീഷ്മന്റെ രക്ഷയാണ് നോക്കൂ എങ്ങനെയുണ്ട് ദുര്യോധനന്റെ പറച്ചില് തൊണ്ണൂറ് തൊണ്ണൂറാം വയസ്സിൽ ഫോട്ടോ എന്താ ഈ ജന്മദിനം ആഘോഷിക്കുന്ന അപ്പൂപ്പന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞു അപ്പൂപ്പ അടുത്ത വർഷവും എനിക്ക് വന്ന് ഫോട്ടോ എടുക്കാനും എന്താ പറയാ അടുത്ത വർഷവും അപ്പൂപ്പൻ ഇതുപോലെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ആയുസ് ഉണ്ടാവട്ടെ അപ്പൂപ്പൻ പറഞ്ഞു മോനെ നിനക്ക് വന്ന് ഫോട്ടോ എടുക്കാനുള്ള ആയുസ് ഉണ്ടാവട്ടെ അതും ആവശ്യമാണല്ലോ അപ്പൊ ഭീഷ്മരുടെ ഗതി പരിങ്ങല്ല അതുകൊണ്ട് ഭീഷ്മരെ എല്ലാവരും രക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ ഭീഷ്മരെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പം ഇവിടുത്തെ ശ്ലോകം ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന സൈന്യം അപര്യാപ്തമാണ് അതുകൊണ്ട് ഭീഷ്മരാണ് സേനാനായകൻ ആ നായകനെ നമുക്ക് പരിരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങ് നന്നായി ഉത്സാഹിക്കണം അങ്ങയിലാണ് എന്റെ പ്രതീക്ഷ മുഴുവനും ഭീഷ്മമേവ അഭിരക്ഷൻ തു തന്നെ നമുക്ക് പരിരക്ഷിക്കണം അപ്പം ഈ ദുര്യോധനൻ ദുര്യോധനന്മാര് ആരെയാണ് പരിരക്ഷിക്കുന്നത് ഭയത്തെയാണ് എന്ന് പറയാ ഭയ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവര് കാര്യങ്ങൾ മുഴുവൻ നേടുന്നത് ഏതൊരാളുടെ അടുത്തും മറ്റുള്ളവനെ ഭയപ്പെടുത്തുക അത് പിരിവ് നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഗീതാജ്ഞാന യജ്ഞത്തിന് ഒരു പിരിവ് നടത്താൻ എങ്ങനെ ഉണ്ടാവും ഗീതാജ്ഞാന യജ്ഞത്തിന് പിരിവ് നടക്ക അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഗീതാജ്ഞാന യജ്ഞത്തിന് പിരിവ് നടക്കല് കുറവാണ് അപ്പം ക്ഷേത്രത്തില് അമ്പലത്തിന്റെ പിരിവിനൊക്കെ വരുന്നവർ വളരെ നല്ലതായിട്ടുള്ള ആളുകൾ അവര് നല്ല ഇതാ മുണ്ടൊക്കെ നല്ല നേരിയ മുണ്ടും ആ ഇതൊക്കെ കൊടുത്ത് നല്ല വളരെ ഗോപിക്കുറിയൊക്കെ തൊട്ട് അപ്പൊ അങ്ങനെ വളരെ മര്യാദയിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലെന്ന് പറയും നേരെ കുറച്ച് വേറെ ചില പിരിവുകൾ വരും നല്ല കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ആ ഗേറ്റിനൊരൊറ്റ ചവിട്ടാണ് അവിടെ മോനുണ്ടെങ്കിൽ വിളിക്കും ഡ അച്ഛനെ വിട്ടറ വിളിയടാ ഇല്ലേ ആ എന്താ അല്ല പിരിവേ വേഗം പോയിട്ടെടുത്തു കൊണ്ട് കൊടുക്കും എന്തുകൊണ്ടാ നമ്മൾ കൊടുക്കുന്നത് പേടിച്ചിട്ടാ ഭയപ്പെട്ടിട്ടാ കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ് പലരും കൊടുക്കുമ്പോ നമ്മൾ പറയാറില്ലേ കാരണം എനിക്കിവിടെ ജീവിക്കണേ ഇവന്മാർക്കൊന്നും തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ് സ്വാമി അതുകൊണ്ട് വേഗം കൊടുത്ത് ഒഴിവാക്കുക അവർക്ക് ആകെ ഉള്ളത് ആരെയാണ് അവർക്ക് നമ്മളെ മുൻപിൽ വെക്കാനുള്ളത് എന്താണ് ഈ ഭീഷ്മരിയാണുള്ളത് ഭയത്തെ ഇവിടെ എല്ലാവരും ഈ മസിൽ കാണിച്ചിട്ടാണ് കാര്യങ്ങൾ നേടുന്നത് ചിലരൊക്കെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഒരു നോട്ടാണ് ഏ ഒന്നും മുല്ല നസറുദീൻ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴുതയെ അദ്ദേഹത്തിന് ഒരു കഴുതയുണ്ട് കഴുതയായിട്ട് പോവുക അങ്ങനെ ഒരു സ്ഥലത്ത് കടയിൽ അദ്ദേഹം കഴുതയെ നിർത്തിയിട്ട് അദ്ദേഹം അവിടുന്ന് വെള്ളം കുടിച്ചു വെള്ളം കുടിക്കുകയായിരുന്നു എന്നിട്ട് ആരോടോ സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴോ ഒരാൾ വന്നിട്ടു ഈ കഴുതയുടെ ദേഹത്ത് ചുണ്ണാമ്പ് അടിച്ചു എന്നിട്ട് അതിൽ എന്തോ എഴുതി വെച്ചു അപ്പൊ മുല്ല വന്നു നോക്കിയപ്പം തന്റെ കഴുതയുടെ മേത്ത് ചുണ്ണാൻ പഠിച്ച് അതിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു മുല്ലയ്ക്ക് ദേഷ്യം വന്നു ആരാണ് അട ഇത് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇത് ചെയ്ത ആള് ഷാപ്പിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ചാരായ ഷാപ്പിൽ അപ്പൊ അവിടെ ചെന്നപ്പോഴോ അവിടെ ചെന്നിട്ട് മുല്ല വലിയ കാര്യത്തിൽ ചോദിച്ചു ആരാ ഇത് കഴുതയുടെ മുകളിൽ പെയിന്റ് അടിച്ചതാണ് അപ്പൊ അവർ ആചാര ബാഹുവായിട്ടുള്ള ആളിങ്ങോട്ട് എഴുതിയിട്ടിട്ട് ഞാനാണട എന്താ വേണ്ടതെന്ന് അല്ല അതിൽ ചില സ്ഥലത്തൊന്നും ആയിട്ടില്ല അവിടെയും കൂടി ഒന്നും അവിടെ വിട്ടുപോയി രണ്ടു കോട്ടം കൂടിയായാലും ക്ലിയർ ആവും ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ നിലനിൽപ്പ് മുഴുവൻ അതാണ് അതുകൊണ്ട് ഭയം ജനിപ്പിച്ചാൽ നമുക്ക് ജയമുണ്ട് എപ്പോ നമ്മുടെ ഭയമൊക്കെ പോയോ നമ്മളെ ആളുകൾ ഭയക്കാതെയാകുന്നുവോ കഴി കൊമ്പൻ മീശ നരച്ചു തുടങ്ങുമ്പം അത് അല്ലെ ഭീഷ്മേവ ഭീഷ്മരെ തന്നെ എല്ലാ പ്രകാരത്തിലും നോക്കൂ എന്ത് ഭംഗിയായിട്ടാ പറയുന്നത് സർവേഷുച അയനേഷു എല്ലാ പ്രകാരത്തിലും നമ്മൾ നിർത്തേണ്ടത് എന്താണ് എന്തിനെയാണ് നമുക്ക് നിലനിർത്തേണ്ടത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ഭയം അതിനെ നിലനിർത്തിയാൽ ഏറ്റവും എന്ന് പറയാം തുടർന്ന് ദുര്യോധനന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ സംഭവിച്ചത് എന്ന് സഞ്ജയൻ പറയുന്നു തർഷം കുരുവൃദ്ധ പിതാമ സിംഹനാദം വിനദ്യ ഉച്ച ശംഖം ദദ്മൗ പ്രതാപറയണോ ആരാണ് പ്രതാപവാൻ കുരുവൃദ്ധ പിതാമഹ പ്രതാപനാണ് പ്രതാപുള്ള ആളാണ് ഹി ഭയ അതേ സമയത്ത് കുരുവൃദ്ധ വൃദ്ധനാണ് കൗര കുരു കൗരവന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർക്ക് ഭയം ഉണ്ടായിരുന്നു ഏറ്റവും പ്രായം ചെന്നതാണത് അതിപ്പോഴും ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചുമോനും ഉണ്ട് അത് അതുകൊണ്ട് അതങ്ങനെ നിലനിൽക്കുന്നു കുരുവൃദ്ധ പിതാമഹ എന്ത് ചെയ്തു ഉച്ചി ഉറക്കെ സിംഹനാദം വിനദ്യ സിംഹത്തെ പോലെ ഒരു ശബ്ദമുണ്ടാക്കിയിട്ട് അങ്ങനെ സിംഹത്തെ പോലെ മൂളിയുന്ന പറഞ്ഞിട്ട് സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ ഈ മൃഗശാലയിൽ പോയാൽ കേൾക്കാം അത് സിംഹ സിംഹ സിംഹത്തെ പോലെ ശംഖു വിളിച്ചു എന്നല്ല സിംഹം പോലെ ഒന്ന് മൂളിയിട്ട് അദ്ദേഹം സിംഹവും ഈ മൂള ഈ മൂളിലാണ് ഭയപ്പ് മറ്റുള്ളതിനെയൊക്കെ ഈ മൂളക്കം കേട്ട് കഴിഞ്ഞാൽ കുറുക്കനും മറ്റുള്ളതൊക്കെ ഓടി മാളത്തിൻ്റെ ഉള്ളിലേക്ക് പോവും ഇതുപോലെ അദ്ദേഹം ഒന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ശംഖം തസ്യ സഞ്ജനയൻ ഹർഷം തസ്യ ദുര്യോധനസ്യ സഞ്ജനയൻ ഹർഷം അവന് സന്തോഷത്തെ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഈ കിടന്നിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ശരി അവന് സന്തോഷം വരട്ടെ എന്നു കരുതിയിട്ട് ശംഖം ദദ് ശംഖിനെ എടുത്താൽ മതി മുഴക്കി ശംഖ് മുഴങ്ങി എന്ന് പറയാം കൗരവപക്ഷത്തു നിന്ന് ഭീഷ്മരി ആ ഭയത്തിന്റെ ധ്വനി ഭയധ്വനി കൗരവപക്ഷത്തു നിന്ന് ഉണ്ടായി ഉടനെ എന്ത് സംഭവിച്ചു ഈ ഭാഗത്തൊക്കെ സഞ്ജയൻ അല്ല ഹ്യാസഭഗവാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ശ്ലോകങ്ങൾ ചമച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് സഹദൈവാഭ്യ തഥ ശങ്കാശ്ചേര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യ അന്യന്ത സശബ്ദസ്തു മുലോഭവത് തഥ അനന്തരം എന്തുണ്ടായി ശങ്കാ ശങ്കുകൾ അനേക ശങ്കുകൾ ബേര്യ ബേരികള് ഭേരി എന്ന് പറഞ്ഞാൽ തന്നെ ഭയപ്പെടുത്തുന്നത് എന്നാണ് ഭേരികള് പിന്നെയോ പണവാനക ഗോമുഖാ പണവ ഈ പശുവിന്റെ തല പോലെയുള്ളത് പിന്നെ ഈ കൊമ്പ് കുഴല് ഈ തിപ്പട്ട മദളം ഇങ്ങനെ വാദ്യ ഉപകരണങ്ങൾ ഈ മിലിട്ടറിക്കും ഉണ്ടല്ലോ ഈ വാദ്യ ഉപകരണങ്ങളൊക്കെ അപ്പൊ അതിന് പഴയ പണ്ട് ഈ യോ യോദ്ധാക്കൾക്ക് വീര്യം പകരാൻ വേണ്ടിയിട്ട് ഈ വക ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പണ്ടുമുതൽക്കേ ഉള്ളതാണ് അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊന്നും കൊല്ലാൻ പാടില്ല എന്ന യുദ്ധത്തിൽ പണവാനക ഗോമുഖാഹ ഇതൊക്കെ അഭ്യഹന്യന്ത മുഴക്കപ്പെട്ടു എങ്ങനെയാണ് ഇത് മുഴങ്ങിയത് സശബ്ദ ആ ശബ്ദം തുമുലഹ അഭവത് അതൊരു കോലാഹലം ഒരു എങ്ങും അത് മുഴങ്ങി നിന്നുക അതായത് ഒരു ഈ ന്യൂസ് ഈ വാദ്യ ഉപ പല ഉപകരണങ്ങളുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് ഇപ്പം ഹാർമോണിയമുണ്ട് ഗിറ്റാറുണ്ട് തവലയുണ്ട് പിന്നെ ജിഞ്ചിറ ഉണ്ട് അങ്ങനെ പോലെ കുറെ സാധനങ്ങളുണ്ട് ഈ മുറികളിലേക്ക് പെട്ടെന്ന് കുറച്ച് കുട്ടികൾ കടന്നു വന്ന് ഇത് ഓരോരുത്തരും ഓരോന്ന് എടുത്ത് വായിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തരം ഹാർമോണിയം വായിക്കണു ഒരാൾ ഗിറ്റാർ അടിക്കുന്നു ഒരു താളവും ഇല്ല എല്ലാം കൂടെ ഒരു ബഹളം ചുരുക്കി പറഞ്ഞ ഭീഷ്മർ ഇത് മുഴക്കിയ ഉടനെ ഇവർക്ക് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഇവരങ്ങോട്ട് മുഴക്കി ഒരു ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ ഓർഡറും എന്നാൽ വളരെ കൃത്യമായി ഭംഗിയായി എന്താ പറയുക അങ്ങേയറ്റം കൃ എന്താ കൃത്യതയോടുകൂടിയിട്ട് അടുത്ത ശംഖുമുഴക്കം വരുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വരാൻ പോകുന്ന ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടത് വെരി വെരി ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക് ചോദിക്കും മാധവ തതശ്വേതൈർ മഹതിൗ പ്രദദ് അനന്തരം എന്തൊക്കെയാണ് ഇതുവരെ നടന്നത് അതിനു ശേഷം അനന്തരം ശ്വേതൈ ഹയൈ യുക്തേ ശ്വേതം എന്ന് പറഞ്ഞാല് വെളുപ്പ് എന്നാണ് ഹയം എന്ന് പറഞ്ഞാൽ കുതിരകള് വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള സ്യന്തനെ തേരില് എങ്ങനെയുള്ള തേരില് മഹതി രഥത്തിൽ തേരിൽ സ്ഥിതവും നിലനിന്നുകൊണ്ട് ആരൊക്കെയാണ് മാധവ പാണ്ഡവ മാധവനും പാണ്ഡവനും ദിവ്യവും ശംഖവും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളെ പ്രദദ്മധുഹു മുഴക്കി മറ്റതിൽ ദദ്മെന്നേ ഉള്ളൂ ഇതിലോ പ്രദത്മുഹു ക്രമമായി പ്രകർഷേണ ദദ്മവും മുഴക്കി എന്ന് പറയാം ദമനം ചെയ്തു ദമനം ചെയ്യാന്നുള്ളടത്ത് അഗ്നിയെയൊക്കെ പ്രകടമാക്കുന്നതിന് ദമനം ചെയ്യുക എന്ന് പറയും ആ ശംഖുകളൊക്കെ വരാൻ പോകും അതിനു മുൻപായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്